പുനഃ സനന്താചാര്യമധ്യമാ അസ്മദാചാര്യപര്യതം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം കണം മലാനന്തമാത്മജം സച്ചിമാത്മജം അമൃത അദ്വൈത ദീപിക ആണ് നമ്മൾ എടുത്തു വന്നത് രണ്ട് ക്ലാസുകളിലായി ആറ് ശ്ലോകം ആറാം ശ്ലോകം തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞവണ നിർത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഓർമ്മ അത്ര ശരിയാണോന്നറിയില്ല നിങ്ങൾ ഓർക്കുന്നവരുണ്ടോയെന്നറിയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരുണ്ടോന്നറിയില്ല ആറാമത്തെയാണ് ആ ഒരു രണ്ട് പാദം കഷ്ടിച്ചു പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അതേതായാലും ഗുരുദേവനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടാണ് അദ്വൈത ദീപികയിലേക്ക് പ്രവേശിച്ചത് ഒരു സാധനാകാര്യത്തിൽ അദ്വൈതചിന്ത എന്താണ് എങ്ങനെയാണ് ഒരു സാധകൻ പോകുന്നത് സിദ്ധിയിലെത്തിക്കഴിഞ്ഞാൽ സമാധ്യാവസ്ഥയിലും വ്യുത്ഥാന അവസ്ഥയിലും എങ്ങനെയാണ് ഇവേലം ക്രമമായി പറയുന്ന ഒരു കൃതിയിലൂടെയാണ് നമുക്കിടന്നു പോകുന്നത് സ്വാനുഭവഗീതിയെന്ന് വേണമെങ്കില് അദ്വൈതദീപികയെ വിളിക്കാം അത് നമുക്ക് മുന്നോട്ട് എല്ലുമ്പോൾ കാണുകയും ചെയ്യാം ശ്ലോകമൊന്ന് പരിചയപ്പെട്ടിട്ട് ഒന്ന് ചൊല്ലിയിട്ട് പഠിച്ചിടത്തോളം ഒന്ന് ചൊല്ലിയിട്ട് പഠിക്കാനുള്ളതിലേക്ക് കിടക്കാം പ്രതിഭയായിരമിങ്ങി വറ്റിൽ ആരാ അലഴും വിഷയമായിരമം പ്രപഞ്ചം ഒരായിൽ നേരിതുവിനാ ഉണരും വരയ്ക്കും നേരാമുണർ അളവ് ഉണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിന വേറെല്ല വിശ്വമറിവം അരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ വേറെല്ല വീചിരിപ്പതുവാര്യത്രേ വാസസ്സുതന്തുവിതു പഞ്ചീതാതിമൂല പ്രഘാതമിതു ഓർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാധസ്സു ബോലപരമാവധി ബോധമത്രേ വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ലതിന്റെ വിത്താമവിദ്യ അതുമില്ല വിളക്കുവന്നൽ വൃത്തിസ്തമാമറിവിൽ വിശ്വവുമില്ലതിന്റെ വിത്താമവിദ്യയും അവിദ്യ അതുമില്ല വിളക്കുവന്നൽ അധിക്കിലെങ്ങും ഇരുളിലുടനങ്ങുവർത്തി വിട്ടാൽ വിളക്കുപൊലിയും നിരുളും വരുന്നു ആരായി ഈയുലകമില്ലിതവിദ്യ തത്വമോരാതവർക്കിതുലകായിലെ സുഭ്രമത്താൽ ആരാൽ വിളക്കെരികിലില്ല വിശാരിദന്ധകാരം ഭയന്നവനിരുട്ടുവിശാചുപോലം ഉണ്ടില്ല എന്നുമുറമാറിയ സത്തു സത്തു രണ്ടും പ്രതീതമിത അനാദി തമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിൽ ഇല്ല അസത്ത് രജു ുരകമുള്ളതു രജ്ജു മാത്രം ഉണ്ടില്ല എന്നു മുറമാറിയ സത്തു സത്ത് രണ്ടും പ്രതീതമിതനാദിതമസ്വഭാവം രണ്ടും തിരിഞ്ഞിടുകിലില്ലേ അസത്ത് രജ്ജു കണ്ടത്തിൽ ം ആ ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തത് അതുകൊണ്ട് നമുക്ക് അവിടെ മുതല് നോക്കാം ഒന്ന് പിരിച്ച് അതിചൊല്ലി നോക്കാം ഉണ്ടില്ല എന്ന് മുറമാറിയ സത്ത് സു രണ്ടും പ്രതീതം ഇത് അനാദിതമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകളിലില്ലേ അസത്ത് രജ്ജുഖത്തിലില്ല ഉരകം ഉള്ളത് രജ്ജു മാത്രം രജ്ജുഖണ്ഡത്തിൽ അല്പം പോലും ഉരകം പാമ്പില്ല ഉള്ളത് കയറു മാത്രമാണ് അസത്ത് ഇല്ലായ്മ അജ്ഞാനം സത്ത് ഉമ അല്ലെങ്കിൽ ബോധം പ്രതീതം തോന്നപ്പെടുന്നത് അനാദിതമസ് മൂലപ്രകൃതി അല്ലെങ്കിൽ മായ രജ്ജുഖണ്ഡം കയറിന്റെ കഷ്ണം ഉരകം സർപ്പം ഇത്രയാണ് നിങ്ങൾക്ക് പരിചയം കുറയാവുന്ന പദം Pray for even the teachers who assisted Malayalam realised them throughout the experience. – Malayalam has the same Babam. – Malayalam wonder will you be sure, and she doesn't explain that they appear as for this publishing package, and now theهek like you are in parfaits. സംസ്കൃത ബന്ധമുള്ള മലയാള ഭാഷയിൽ പഠിക്കാൻ വളരെ രസമാണ് അതുകൊണ്ട് ഇതൊക്കെ ഇംഗ്ലീഷിൽ മൊഴിമാറി കിട്ടിയാൽ മനസ്സിലാകും എന്ന് തോന്നുകയും ചെയ്യും ഞാൻ അവിടെ ഉപയോഗിച്ച പദം എന്ന് തോന്നുകയും ചെയ്യും കാരണം ഇതിലെ പല സാങ്കേതിക ശബ്ദങ്ങൾക്കും എക്സാക്ട് ഇംഗ്ലീഷില്ല ഭാരതീയ ദർശനങ്ങളെ ആംഗലേയ ഭാഷയിലേക്ക് മൊഴിമാറ്റി കഴിയുമ്പോൾ ജീവിതചര്യകളൊന്നും മാറാതിരിക്കുന്നതും സ്വഭാവം അല്പം പോലും വ്യതിരിക്തമാകാതിരിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഭാഷയ്ക്ക് മനുഷ്യനെ പരിണമിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അത് ഭാഷയുടെ കഴിവാണ് പൂർണ്ണമായ ഭാഷകളിൽ നിന്ന് പുതിയ ഭാഷകൾ ഉദയം ചെയ്യാറുണ്ട് തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ചാരുതയാർന്ന തലങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ഭാഷകളെല്ലാം ഉണർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് അവയ്ക്ക് ഭാവഗീതം പോലെ മനോഹരമായ അനുഭൂതിയെ നിങ്ങൾക്ക് തരാൻ കഴിയും അനുശീലനം കൊണ്ട് പാരമ്പര്യം അതിൽ ഒളിഞ്ഞിരിപ്പുമുണ്ടാവും പിതൃപിതാമഹസംപ്രാപ്തമായ അനുഭവങ്ങൾ ജനിതക കൈമാറ്റത്തിലൂടെ പിതാമഹൻ പിതാവിനും പിതാവ് പുത്രനും പുത്രൻ പവിത്രനുമെന്ന നിലയിൽ കൈമാറി വരുന്ന ഒരനുഭവം വാക്കുകൾക്കുണ്ടാവും ഭാഷ നാട് കിടക്കുമ്പോൾ ഇതുണ്ടാവില്ല അനുഭവമില്ലാത്ത പഠിപ്പ് അറിവാണെന്ന ധാരണ പശകും അതുകൊണ്ടുണ്ടാവും എന്ന് തന്നെയുമല്ല ഒരു നാടിന്റെ ഭാവതലങ്ങളെ ആ നാട്ടിൽ നിലനിൽക്കുന്ന ഭാഷയ്ക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് പോലെ വൈദേശിക ഭാഷകൾക്ക് രൂപപ്പെടുത്തുവാൻ കഴിയില്ല അവരുടേത് ഇവിടെയും ഇവിടുത്തെത് അവിടെയും പദങ്ങൾക്കെല്ലാം അർത്ഥം സമാനമായിരിക്കും പാശ്ചാത്യർ തന്റെ കുഞ്ഞിനെ ഷൈൽഡ് എന്ന് വിളിക്കുമ്പോഴുള്ള ഭാവം ആ ഭാഷ അതിന്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിച്ച് ഇന്ത്യയിലെ ഒരാൾ വിളിക്കുമ്പോൾ അത് ബുദ്ധി കൊണ്ട് സ്പെല്ലിങ് പഠിച്ചതായതുകൊണ്ട് വികാരം വരില്ല ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല അവർ നാളെ വന്ന് കുഞ്ഞേ എന്ന് വിളിച്ചാൽ അതിനും വികാരമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മലയാള ഭാഷയ്ക്ക് വികാരമുണ്ടെന്നും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വികാരമില്ലെന്നും അല്ല മനസ്സിലാവുമോ എന്നറിയില്ല വികാരം ഭാഷ പ്രയോഗിക്കുന്നവന്റെ പാരമ്പര്യ ഹൃദയത്തിൽ അധിഷ്ഠിതമാണ് അനുശീലനത്തിൽ അധിഷ്ഠിതമാണ് ഇതാണ് പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് സമ്മതമാവുമോ എന്ന് എനിക്ക് അത്രയ്ക്കറിയില്ല നിങ്ങൾക്കിതൊക്കെ സമ്മതമാവുമോ ആവുമ്പോ കാരണം ഭാഷ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടേതും അല്ലാത്തത് പഠിക്കുന്നത് വികാരമില്ലാത്തൊരു ബുദ്ധിയിലാണ് റൈറ്റ് കണക്കുകൊരു മങ്ങനെയാണോ ഏ ശരിയുണ്ടോ ഏ മറ്റത് നൈസർഗികമായി അച്ഛനും അമ്മയും ചുറ്റുപാടുമുള്ളവരും പറയുന്നത് കേട്ട് ണാത്ത വസ്തുവിനെ അച്ഛന്റെയും അമ്മയുടെയും സ്മൃതിമണ്ഡപത്തിൽ വെച്ച് കണ്ടും കേട്ടുമാണ് പറയുന്നത് അതാണ് അതിന്റെ മെച്ചം അതിനൊരു ഭാവതലമുണ്ട് എന്ന് സാരം ഭാവാനുഭവങ്ങൾ ആനന്ദം പാരസ്പര്യം ഇവ നഷ്ടമാകണമെങ്കിൽ വൈദേശികങ്ങളോട് കൊടുക്കവാങ്ങലുകൾക്കപ്പുറം നിത്യജീവിതത്തിന്റെ ഭാഷ വിദേശമാക്കിയാൽ മതി വൈദേശികമാക്കിയാൽ മതിയെന്ന് കണ്ടെത്തുകയും അതിന് പ്രചാരം നൽകുകയും ചെയ്തതിലൂടെയാണ് നിങ്ങളുടെ നാടിന്റെ സത്ത തന്നെ മാറിപ്പോയത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇരിക്കുന്നവരിൽ അൻപത് പ്രായമായവരെങ്കിലും പരാതിക്കാരാണ് സംതൃപ്തരല്ല ഇതൊക്കെ പഠിച്ചാലും ഇനി ഈ പുസ്തകം കൂടെ പഠിച്ചാൽ അതിന്റെ പ്രധാന കാരണം അവരുടെ പരാതിയിൽ ഏറ്റവും പ്രധാനം അവർ തന്നെ മുൻകൈയ്യെടുത്ത് അവർ തന്നെ പണം ചെലവഴിച്ച അവർ തന്നെ പഠിപ്പിച്ച അവരുടെ അടുത്ത തലമുറ മക്കളുടെ ചെയ്തികൾ സർഗാത്മകമല്ലെന്നും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലെന്നും വാർദ്ധക്യത്തിൽ കണ്ടെത്തുന്നു സി ട്രൂ ട്രൂ കള്ളമാണോ ഞാൻ പറഞ്ഞത് ഏ കള്ളമാണോ ഞാൻ പറഞ്ഞത് ഏ കള്ളമാണ് നിങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെയാണ് അവർ പഠിച്ചുപോയത് നിങ്ങൾ വളർത്തിയ വഴിയിലൂടെയാണ് അവർ വളർന്നത് നിങ്ങൾ വാങ്ങിക്കൊടുത്ത ജോലിയാണ് അവർ വാങ്ങിച്ചത് പക്ഷേ അവരെക്കുറിച്ചുള്ള അസംതൃപ്തിയാണ് ഏറ്റവും കൂടുതലായി നിലനിൽക്കുന്നത് എന്തേന്ന് അന്വേഷിക്കുമ്പോഴാണ് രസം തോന്നുക എങ്ങനെയാണ് നാടിനോട് വളർത്തിയ തന്തയോട് തള്ളയോട് പാരമ്പര്യത്തോട് ഭാവാത്മക ബന്ധങ്ങൾ അവർക്കില്ലാതായിപ്പോയത് ചിത്തവൃത്തികളുടെ സുസമ്പന്നമായ ഉന്മീലനം സാധ്യമാകാതെ ഭാഷയിലൂടെയുള്ളൊരു ബൗദ്ധിക വികാസം തലമുറയെ മരവിച്ച മനസ്സുകളോടുകൂടിയവരാക്കി മാറ്റിയിരിക്കുന്നു ഭാഷാശാസ്ത്രത്തിന്റെ അന്തരേന്ദ്രിയങ്ങളിലൂടെ പോകുമെങ്കിൽ നിങ്ങൾക്കിത് ബോധ്യമാവും നാരായണ ഗുരുദേവൻ ഉപയോഗിക്കുന്ന ഭാഷ ചടുലവും അവക്രവും സുസമ്പന്നവുമാണ് ഒരുപക്ഷേ മലയാള ഭാഷയ്ക്ക് മറക്കാനാവാത്ത സംഭാവന രണ്ട് മഹാ യോഗീശ്വരന്മാരാണ് നാരായണ മുനുദേവനും ചട്ടമ്പി സ്വാമികളും പലപ്പോഴും എന്തുകൊണ്ടോ അവരുടെ കാലഘട്ടം മുതൽ ഇന്ത്യൻ സന്യാസത്തിന് ആംഗലേയ ഭാഷാ പ്രതിപത്തി വളരെ കൂടിയിരിക്കുമ്പോഴും ഹൃദയാവർജകമായ മലയാള ഭാഷയിൽ വളരെ ആഴമുള്ള പഠനങ്ങൾ അവതരിപ്പിക്കുകയും അതിലൂടെ ഭാഷാശാസ്ത്രത്തിന് നിർണായക സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ് அதுகொண்டு படிக்கும்பெதிரே பதாவலிகளில் பலதும் சுபிர மலையாளும் மலையாள தோணும் அதுலதும் பின்னையும் நீங்கள் மனசிலாவும் சுத்த மலையாள பதங்களான மலையாளமல்ல എന്റെ വാക്കുകൾക്ക് സത്യതയുണ്ടോ കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴും വേദാന്ത ഗ്രന്ഥങ്ങളിലെ സംസ്കൃത പദങ്ങൾക്ക് പകരം ഇംഗ്ലീഷ് പദമില്ലാത്തതുകൊണ്ട് അതിനെ ഇംഗ്ലീഷ് പോലെ അവസാനത്തെ ചില ഉച്ചാരണം ഇംഗ്ലീഷിലാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല ഘോഷ സംസ്കൃതമായിരിക്കും ഘോഷൻ മലയാളമായിരിക്കും ഘോഷ് മനസ്സിലായില്ല ഇംഗ്ലീഷ് അങ്ങനെ ഞാൻ തോന്നുന്നു അല്ലെ ഏ ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി പഠിക്കുന്ന ഒരു രീതിയിൽ സംസ്കൃതം പിന്നെയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അതിലെ കുറേ പദങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ഉണ്ട് ഇല്ല എന്നിങ്ങനെ മുറയ്ക്കു മാറി മാറി വരുന്ന വിരുദ്ധാനുഭവങ്ങൾ എന്നെടുക്കാം ഉണ്ട് ഇല്ല എന്നിങ്ങനെ മുറയ്ക്ക് മാറി മാറി വരുന്ന വിരുദ്ധാനുഭവങ്ങളുടെ ആകെത്തുകയാണ് ഈ ജീവിതം മറ്റൊരു തരത്തിലെടുക്കാം മുറ എന്നാൽ അറിവ് വേദം ഏകവും അദ്വയവുമായ മുറ വേദം ബ്രഹ്മം മാറുമ്പോഴാണ് ദ്വൈതാനുഭവങ്ങളെല്ലാം ഉണ്ടാകുക അതാണ് ജീവിതം മുറ മാറുമ്പോഴാണ് ദ്വൈതാനുഭവങ്ങളെല്ലാം വൈരുദ്ധ്യങ്ങൾ അറിവ് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് ഉണ്ട് എന്ന അനുഭവം സത്തിനെയും ഇല്ല എന്ന അനുഭവം അസത്തിനെയുമാണ് വെളിവാക്കുന്നത് ഇതുണ്ട് എന്ന അനുഭവം എവിടെയെല്ലാം ഉണ്ടാകുന്നുവോ അത് സത്തിനെയാണ് വെളിവാക്കുന്നത് ഏത് നിഷേധവും അസത്തിനെയാണ് വെളിവാക്കുന്നത് അതുകൊണ്ട് വൈജ്ഞാനികർ ജീവിതാനുഭവത്തിൽ ആനന്ദം എന്നത് നിത്യവും നിരന്തരവുമായുണ്ടാകണമെങ്കിൽ സത്തിനെ മാത്രം കാണണം അസത്തിനെ കാണാതിരിക്കണം കാരണം അസത്ത് ഇല്ലാത്തതാണ് ഏതൊന്നിലും ലൗകിക വ്യവഹാരത്തിൽ പെട്ടുപോയാൽ ഉണ്മയാണ് നിഷേധിക്കപ്പെടുന്നത് ഉണ്മനിഷേധിച്ച് ആനന്ദമുണ്ടാവില്ല ഉണ്ട് എന്ന അനുഭവം സത്തിനെയുമില്ല എന്ന അനുഭവം അസത്തിനെയുമാണ് വെളിവാക്കുന്നത് ഈ അനുഭവങ്ങൾ രണ്ടും സാവേക്ഷമാണ് നിരപേക്ഷമല്ല പേക്ഷങ്ങളായ ഈ രണ്ടനുഭവങ്ങളും അനാദി ആയ മായയാലാകുന്നു മൂലപ്രകൃതിയാലാകുന്നു ഒരു ജിജ്ഞാസു അന്വേഷിച്ചറിഞ്ഞാൽ ഇതന്വേഷിക്കുവാൻ തുടങ്ങുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഇതൊക്കെ പഠിക്കാനൊരുങ്ങാവൂ ഏതെങ്കിലും ഒരു ജിജ്ഞാസു അന്വേഷിക്കുവാനൊരുങ്ങുമ്പോൾ സാപേക്ഷമായി അനുഭവപ്പെടുന്ന ഈ സത്വം അസത്വം ഇല്ലാത്തതാണെന്ന് കാണാം കയറിൽ അല്പം പോലും സർപ്പമില്ല ഉള്ളത് കയറ് മാത്രമാണ് അതുപോലെ ഉള്ളത് നിരപേക്ഷമായ സത്യം മാത്രമാണ് ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ മലയാളം ഗദ്യരൂപത്തിൽ പറഞ്ഞു ഇനി നമുക്കതിനെ എടുത്ത് അവഗ്രഹിച്ചു നോക്കാം അവിദ്യാവൃത്തി എന്ന് വിളിക്കുന്നത് ഇതം വൃത്തിയെയാണ് ഇത് വെറുതെ ഇരുന്ന് നോക്കിയാൽ കാണാം എങ്ങനെയാണ് ഈ പ്രപഞ്ചം അറിയാൻ പ്രപഞ്ചത്തെ പഠിക്കാനാണ് നിങ്ങൾ ഓടുന്നത് ചിലപ്പോഴെങ്കിലും ആചാര്യന്മാർ നിങ്ങളോട് ഒന്ന് വെറുതെ ഇരുന്ന് നോക്കാൻ പറയാറുണ്ടാവും വെറുതെ ഇരിക്കാൻ പറ്റൂല ഇരുന്നു കഴിഞ്ഞാലുടനെ ഇതമന്ന വൃത്തികള് പെട്ടെന്നുണ്ടാവും അതിലേറ്റവും അപകടകരമായി ഉണ്ടാകുന്നത് എന്റെ അജ്ഞാനത്തില് ഉളവാകുന്ന വൃത്തികൾ പോലുമല്ല എന്റെ ആഗമനം എന്റെ ജന്മം പ്രാപഞ്ചികങ്ങളായ എന്റെ ബോധങ്ങൾ എന്റെ ശരീരം എന്റെ കോശങ്ങൾ എന്റെ കോശാന്തര പ്രകൃതി എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്റെ അഹങ്കാരം ഇവയിലാവൃതമായി പരിമിതപ്പെട്ട് ഒരു പ്രപഞ്ചം പോലുമല്ല ഞാൻ സൃഷ്ടിക്കുന്നത് മറ്റൊരുവന്റെ ബോധത്തെ മറ്റൊരുവന്റെ സ്ഥാനത്തെ മറ്റൊരുവന്റെ ദേശത്തെ മറ്റൊരുവന്റെ കാലത്തെ മറ്റൊരുവന്റെ വാസനാജാലങ്ങളെ അതില്ല എന്ന് അഭിമാനിക്കുന്ന ഞാൻ സങ്കൽപ്പിച്ചു സൃഷ്ടിക്കുന്ന അജ്ഞാനത്തിലാവൃതമായിരുന്നു കൊണ്ടാണ് ജ്ഞാനത്തിനായി ഞാനും നിങ്ങളും ശ്രമിക്കുന്നത് എന്റെ കൂടെ ഓടുവോ എന്റെ കൂടെ ഓടുവോ ഓടുവോ ഓടുകില്ലെങ്കിൽ പറയണം ഇതിലിരിക്കുന്ന ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും ഏതൊരു മകനും ഏതൊരു മകളും ഏതൊരച്ഛനും എന്റെ ഗ്രഹങ്ങൾ എന്നിൽ നിന്ന് പൊന്തിവന്നിരിക്കുന്നത്യാണ് അതിനോട് നീതി പുലർത്തി ആ വാസനകളെ അറിവുകൊണ്ട് കത്തിച്ചു കളഞ്ഞ് മുക്തനാകാൻ ശ്രമിക്കുകയോ എന്റെ ആഗ്രഹങ്ങളെ പൊന്തിവരുന്നവയെ പ്രാരബ്ധങ്ങളാകെ കത്തിച്ചിട്ടും കത്തുന്നില്ല എന്ന് മനസ്സിലാക്കി അനുഭവിച്ചു തീർത്ത് പുറത്തുകിടക്കുകയോ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ വാസനാകർമ്മങ്ങളെപ്പോലും അന്ധകാരത്തിന്റെ ഒരു കോടരത്തിനുള്ളിൽ മറച്ചുവെച്ച് അന്യന്റെ വാസനാജാലങ്ങളെ നോക്കി അതിനെ വിമർശിച്ചു അതിനെ അനുകൂലിച്ചും അതിനെ അനുകരിച്ചും അത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് വ്യഥപുണ്ടും അത് അതിനേക്കാൾ മനോഹരമായി ഞാൻ ചെയ്യുമായിരുന്നു അവൻ ചെയ്തതുകൊണ്ടുള്ള തെറ്റാണെന്ന് അഭിമാനിച്ചും അന്യ ബോധത്തിൽ പോലും താതാത്മ്യം പ്രാപിച്ചു നിലകൊണ്ടുകൊണ്ടാണ് ഈ ശാസ്ത്രമെല്ലാം പഠിക്കാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഞാനും നിങ്ങളും ഒരുങ്ങുന്നു ഇല്ലെന്ന് എനിക്ക് തോന്നെ നിങ്ങളിൽ ആരെങ്കിലും രണ്ടുപേർ അരമണിക്കൂർ ഒരിടത്തിൽ നിന്ന് സംസാരിച്ചാൽ അദ്വൈത അനുഭൂതിയിലേക്ക് എത്തുന്നതിന് പാകമാകുന്ന വിധം സത്യസന്ധമായി നിങ്ങളുടെ വാസനാജാലങ്ങളെ എടുത്ത് അവഗ്രഹിച്ച് പുറത്തുകിടക്കുവാനല്ല ശ്രമം ഇതൊക്കെ പഠിക്കുമ്പോൾ അന്യന്റെ വാസനാജാലങ്ങളിൽ ചേക്കേറുവാനും അതിനെ ഭാവാത്മകമായി ഭാവന ചെയ്യുവാനും അതിനെ തിരുത്താൻ അവന് കഴിയാത്തതിന്റെ ദുഃഖം പേറുവാനും തദ്വാര തന്റെ വാസനാജാലങ്ങളുടെ അടങ്ങാത്ത ശേഖരത്തിലേക്ക് ഇനിയുമുള്ള ജന്മങ്ങളുടെ ബീജം സങ്കലിതമായി സംയോജിപ്പിക്കുവാൻ പാകത്തിന് അന്യണ്ട വാസനകളെ കൂടെ ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും വൃത്തി വൈകല്യങ്ങളോടുകൂടിയതാണ് ഈ ജഗത്ത് അതിന്റെ വൈകുല്യമൊന്ന് നേരിട്ട് കണ്ടാൽ ഇനി ജഗത്തൊന്നും കാണേണ്ടതില്ല അത്ര വിപുലമാണ് ഈ ആന്തരിക ജഗത്ത് അവിദ്യാവൃത്തി ആ വൃത്തി മാത്രമാണ് ഭ്രമത്തിന്റെ ഉപാദാന കാരണം എല്ലാ ഭ്രമവും ഇതം വൃത്തിവിശിഷ്ടമായ ഈ അവിദ്യാവൃത്തിയുടെ സംഭാവനയാണ് വിഷയചൈതന്യാഭിവഞ്ഞ്ചക അന്ധകരണജ്ഞാനയോ പരിണാമവിശേഷ എന്ന് വൃത്തിയെ നിർവചിക്കാം എഴുതിയെടുക്കുന്നത് തെറ്റാതിരിക്കാനാണ് നിർത്തിപ്പറഞ്ഞത് തെറ്റിച്ചെഴുതിക്കൊണ്ട് പോകരുത് എഴുതി കാണെങ്കിൽ എഴുതുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്ക് കുറച്ച് പേര് വേനയുണ്ട് കയ്യിൽ എഴുതുന്നുണ്ട് എഴുതുമ്പോൾ മുഴുവൻ എഴുതണം അപ്പോൾ പറയണം അല്ലെങ്കിൽ കൈയ്യൊന്ന് കാണിക്കണം ഞാൻ എഴുതുന്നുണ്ട് കാരണം ശരി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തെറ്റിപ്പടിക്കരുത് ശരി പഠിച്ചില്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ പഠിക്കാൻ പറ്റും തെറ്റിപ്പഠിച്ചാൽ അതഴിക്കാതെ പിന്നെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിക്കുക ആരൊക്കെ വെപ്പനാൽ എഴുതുന്നുണ്ടെന്ന് തോന്നും അല്ലെ അതോ ചുമ്മാ ഓടിക്കുകയാണോ അല്ലല്ലോ ഏ ചുമ്മാ ഓടിക്കുകയാണോ അല്ലല്ലോ ഏ അതുകൊണ്ടത് മാത്രമേ ചെയ്യാവൂ അങ്ങനെ വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം വിഷയചൈതന്യാഭിവഞ്ചക അന്ധക്കരണജ്ഞാനയോ പരിണാമവിശേഷ വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് വിഷയചൈതന്യാഭിവഞ്ജകമായ അന്ധക്കരണജ്ഞാനത്തിന്റെ പരിണാമമാണ് വൃത്തി അത് വിശേഷിച്ചു പരിണമിക്കണം വിശേഷവിധിയായി അന്തഃക്കരണവൃത്തി പരിണമിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് ഘടം പടം തുടങ്ങിയ വിഷയങ്ങളാൽ അവച്ഛിന്നമായ ചൈതന്യം ഇത് ഘടം ഇത് പടം അത് വിശേഷവിധിയായ കാണുമ അങ്ങനെ വിശേഷിച്ചു വസ്തുക്കളെ നാമരൂപാത്മകമായി കാണുന്ന വിഷയചൈതന്യം ആ വിഷയത്തിന്റെ അഭിവഞ്ചകമായ അന്ധകരണത്തിന്റെ അഥവാ അജ്ഞാനത്തിന്റെ പരിണാമവിശേഷമാണ് വൃത്തി ഇതാണ് വേദാന്ത ഡിണ്ടിമ വേദാന്തം വൃത്തിയെ കാണുന്നത് ഇങ്ങനെയാണ് പ്രാതിഭാസികത്തിൽ അജ്ഞാനത്തെയും ബാഹ്യാർത്ഥത്തെയും സ്വീകരിക്കുന്നുണ്ട് അതിന്റെ പരിണാമത്തിന് അവിദ്യ സ്വീകരിക്കണം അങ്ങനെ അവിദ്യയെ ആസ്പദമാക്കി ഇത് സർപ്പം കയറാ കിടക്കുന്ന കയറ് കാണില്ല കയറ് കണ്ടാൽ പിന്നെ സർപ്പമില്ല ജ്ഞാനം വന്നുകഴിഞ്ഞാൽ സർപ്പമില്ല ഭ്രമവുമില്ല ആവരണ വിക്ഷേപങ്ങളുണ്ടായാൽ മാത്രമേ സർപ്പം മറയൂ അല്ല കയറ് മറയൂ സർപ്പമുണ്ടാവും കയറിൽ സർപ്പമിരിക്കില്ല കയറില്ലാതാകണം കയറിനെ മറയ്ക്കണം അന്ധക്കരണത്തിന്റെ ഗുണങ്ങളോടുള്ള ചർച്ചയിൽ തമസുമായി ചേരുമ്പോൾ കയറ് മറയ്ക്കുകയും വസ്തുവിനെ ബ്രഹ്മത്തെ മറയ്ക്കുകയും रजस्वु चे सर्पम सवृत्ति संयोजिपोधम वृत्म याथार्थ्यवानि संभव ക്ഷണനേരമാവേണ്ട സംഭവിക്കുന്ന ഒരാളിനോട് ചെന്ന് പറഞ്ഞാൽ ക്ഷണനേരത്തിൽ സംഭവിച്ചതിനെ സമയമെടുത്ത് വിശദീകരിച്ചവഗ്രഹിച്ചാൽ സ്വീകാര്യമാവില്ല പെട്ടെന്നുണ്ടായതാണ് യാഥാർത്ഥ്യം ഇത് സ്വാഭാവികമായുണ്ടായതാണ് ചർച്ച അസ്വാഭാവികമാണ് അതുകൊണ്ട് സ്വീകാര്യമാവില്ല വളരെ ഭാഗ്യമുള്ള ആളുകളിൽ ഇതിന് പുറത്തു കടന്നു നോക്കും പല അനുഭവങ്ങൾ വികലമാകുമ്പോൾ തനിച്ച് പുറത്തു കിടന്നത് മനസ്സിലാവില്ല അപ്പോൾ തന്റെ അനുഭവത്തിന്റെ വൈകല്യങ്ങൾ ഉളവാക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് എന്തിനെയോ തേടി ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ കിട്ടും അനുഭൂതി അദ്ദേഹത്തിനുണ്ടെങ്കിലത് ശിഷ്യനിലേക്ക് പറന്നു പകർന്നു കിട്ടും പകർന്നു കിട്ടിയാൽ ഇത് ബോധ്യമാവും അല്ലെങ്കിൽ ബോധ്യമാവില്ല ഈ കാലഘട്ടത്തിലത് വിഷമമാണ് ഈ കാലഘട്ടത്തിലത് വളരെ വിഷമം എങ്കിലും അങ്ങനൊരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടാൻ പാകത്തിനുള്ളൊരു ശ്രമം എന്നു മാത്രമേ ഇത്തരം ക്ലാസുകളെ പ്രതീക്ഷിക്കേണ്ടതു അത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോ വിഷയമായ ഇതം വൃത്തി ആ ഇതം വൃത്തിയിലുളവായ ദേവതയിൽ സർപ്പം അധ്യസിച്ചിരിക്കുന്നുണ്ട് അപ്പോഴാ ഇത് സർപ്പം എന്ന സർപ്പദൃശ്യമുണ്ടാകുന്നു അവിടെ കണ്ട വസ്തുവിലൊരു ദേവതയുണ്ട് ദേവത എന്ന പദം നിങ്ങൾക്കത്ര പിടിക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഇന്റലിജൻസ് എന്ന് പേരിട്ടാണ് ഓരോ കോശത്തിലും അറിവിരിക്കുന്നതുകൊണ്ട് ഓരോ കോശത്തിനും ഇന്റലിജൻസ് ഓരോ വസ്തുവിനും അതിന്റെ ഇന്റലിജൻസ് ഉണ്ട് ഒരു അമ്മ അടുക്കളയിൽ ഒരു തവി എടുക്കുമ്പോൾ അനുശീലനം കൊണ്ട് തവിയുടെ ഇന്റലിജൻസ് അമ്മയ്ക്കനുകൂലമായാൽ അമ്മ ആയമ്മ ഇളക്കുമ്പോൾ മുഴുവനും ഇളകും ആ പാരസ്പര്യം തവിയുടെ ഇന്റലിജൻസുമായി ഇല്ലാത്ത മകള് ആ തവിയെടുത്തിളക്കുമ്പോൾ അതിന്റെ പാരസ്പര്യം വരാത്തത് ഒരു ഭാഗം ഇളകാതിരിക്കും ഒരിട തുപ്പ് കൂടും ഒരിടത്തുമുളക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഏ ശ്രദ്ധിക്കാത്തോണ്ടല്ല എത്ര ശ്രദ്ധിച്ചളക്കിയാലും ഇളവില്ല ഞാൻ ഉപയോഗിക്കുന്ന പദം നിങ്ങളുടെ യുക്തിഭദ്രമായ ശാസ്ത്രമല്ല കടുത്ത അന്ധവിശ്വാസം അമ്മയും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ അമ്മയും അമ്മയുടെ മകളും ഒരേ സാധനങ്ങൾ ഒരേ അളവിൽ ഒരവിയൽ വെക്കാൻ ഒരേ തരം പാത്രം ഒരേതരം അഗ്നി ഒരേതരം തവികൾ ഒരേ തവിയം തരം പിച്ചാത്തി ഇതെല്ലാം അമ്മയ്ക്കും അമ്മയുടെ മകൾക്കും അമ്മയുടെ അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിക്കും തന്ന് ഒരേ സമയത്ത് ഒരേ വീട്ടിൽ വ്യത്യസ്തമായി ഉണ്ടാക്കി അടുപ്പുകളിൽ ആഹാരം പാകം ചെയ്തു വെച്ചാൽ അത് കഴിക്കുന്നവൻ ഒരേ സ്വാദ് തോന്നുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞത് ശരിയാണെങ്കിൽ ശ്രദ്ധ ഒരുപോലെയുള്ള നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരേ വസ്തുക്കൾ കൊണ്ടും ഒരേ തരം തടി കൊണ്ടുള്ള തവി കൊണ്ടും ഒരേ തരം പിച്ചാത്തി കൊണ്ടും ഒരേ ഇരുമ്പിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് കട്ടിയതെടുത്ത പിച്ചാത്തി ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരുപോലെ ഇരിക്കേണ്ടതാണ് ചേരുവകളെല്ലാം കൃത്യമായി കോമൺ ബാലൻസിൽ ഉണ്ടാക്കിയെടുത്ത് തൂക്കിയെടുത്തിട്ടതും എന്നിട്ട് വ്യത്യസ്തമാകുമെന്നാണ് ഞാൻ പറഞ്ഞത് ശരിയല്ല വ്യത്യസ്തമാവില്ല അതിന് കാരണം അതാതിന്റെ ദേവതകളോട് സംവദിക്കുവാനുള്ള സ്വന്തം ദേവതാ ചൈതന്യമുളവാക്കുന്ന പാരസ്പര്യത്തിന്റെ ആഴത്തിലായിരിക്കും അനുഭൂതികളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദേവതാവിഷയകമായ തലത്തിലാണ് ഇതംവൃത്തി പോകുന്നത് അപ്പൊ ഇതം ഭ്രമത്തിന്റെ ഉപാദാന കാരണം ഈ കൽപ്പിത സർപ്പത്തിൽ യഥാർത്ഥ ഇന്ദ്രിയ സംയോഗം ഇല്ല ഒരു ഇന്ദ്രിയത്തിന്റെയും സംയോഗമില്ല യഥാതഥമായ ഇന്ദ്രിയ സംയോഗമുണ്ടായാൽ ഭ്രമം ഇല്ലാതാവും ഭ്രമം വരുന്നത് ഇന്ദ്രിയ സംയോഗം അവിടെ യഥാർത്ഥത്തിലില്ല അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വാക്കുളവാക്കുന്ന പൂർവാനുഭവങ്ങളിൽ നിന്ന് ഭ്രാന്തി ജനിക്കുകയും ഇല്ലാത്തതിനെ മുൻപുള്ളതിനെ വികലമാക്കുകയും ചെയ്യും ഇതാ ജീവിതം മുഴുവൻ ജീവിതത്തിൽ നിങ്ങൾ ആരോടെല്ലാം പിണങ്ങി ആരോടെല്ലാം ഇണങ്ങി ആരെയൊക്കെ ഭയന്നു ആരൊക്കെയുമായി നിങ്ങൾ ബന്ധങ്ങൾ പുലർത്തി ഇതിന്റെ എല്ലാ തലവും വാക്കുളവാക്കുമ്പോൾ വൃത്തിവിശിഷ്ടമായി നിങ്ങളിൽ സംജാതമാകുന്ന ഭാവനാപ്രധാനമായ ഒരു ലോകത്തിന്റെ പാരസ്പര്യമാണ് തെറ്റുകളും ശരികളും നന്മകളും തിന്മകളും എല്ലാം ഈ വാക്കിന്റെ ലോകമാണ് ഒരു വൃത്തി അന്തക്കരണത്തിലുണ്ടാക്കാൻ വാക്കുമതി കൊല്ലാനും കൊലവിളിക്കാനും സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും എല്ലാം ഈ വൃത്തി ഉളവായാൽ പറ്റും അന്ധകരണത്തിന്റെ വൃത്തിയാണീ ലോകം ഭാര്യയും ഭർത്താവും മകനും മകളും എല്ലാം സമ്മതിക്കാനാവുക സമ്മതിക്കാനാവോ അല്പങ്കിലും പിടിയിട ഒരിക്കലൊരു വൃത്തിയിൽ നിലകൊണ്ടൊരു ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റൊരു വൃത്തിയിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ ആദ്യത്തെ ലോകമില്ലാതാവുകയും പുതിയ ലോകം ഉണ്ടാവുകയും ചെയ്യും അനുസ്യൂതങ്ങളായ ലോകങ്ങളെ സൃഷ്ടിച്ച് ഭ്രമങ്ങളിൽ പെട്ട് ഉഴലുകയാണ് അപ്പോൾ ചെയ്യുക ചാക്ഷുഷ്യവും ശ്രാവ്യവും സ്പർശവും മറ്റുമായി അനേകം വൃത്തി ഉളവാകുന്നുണ്ട് ആ ഇതമെന്നതു മുതൽ അഹംവൃത്തി വരെ പരന്നിരിക്കുന്നു പ്രസ്തുതഭ്രാന്തിജ്ഞാനമാണ് ഭയം ആശങ്ക രാഗം ദ്വേഷം തുടങ്ങിയവയ്ക്കെല്ലാം വഴിവെക്കുന്നത് യഥാർത്ഥജ്ഞാനത്തിന് ഹേതുവായ ഇന്ദ്രിയ സംയോഗം പോലും കൽതമാണ് അപ്പോൾ ഈ ലോകത്ത് കൽപ്പിതത്തിന് എന്തുമുണ്ടാക്കാൻ കഴിയും യഥാർത്ഥമായ അറിവുണ്ടായാൽ ഈ ഭ്രമമെല്ലാം നശിക്കും അപ്പോൾ കൽപ്പിതത്തോട് ചേരാതാവും സർപ്പവും ഇദം വൃത്തിയിൽ ഉൾപ്പെട്ട ചൈതന്യം മാത്രം ശേഷിക്കും അധിഷ്ഠാനം മാത്രം ഗുരുദേവന്റെ ഈ ചിന്തയെ മറ്റൊരു സ്വാമികൾ പറയുന്നത് നോക്കാം ഇതമെന്നൊരു വൃത്തിദൃശ്യമായുദയം ചെയ്തു ലയിപ്പതെപ്പോഴും ഹൃദയത്തിലിരുന്നു കണ്ടഹം പദലക്ഷ്യപ്പൊരുളായി പുരിപ്പൊതി അറന്മുളയമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് അറന്മുളയമ്പലത്തിലെ വിഗ്രഹത്തിലേക്ക് നോക്കി വെളിയിൽ കാണുന്ന ആ കൃഷ്ണചൈതന്യത്തെ നിങ്ങളും ഞാനും കാണുന്നത് പോലെയല്ലാതെ മറ്റൊരു സ്വാമി കാണുന്നതാണ് ദൃശ്യം ൊരു വൃത്തിദൃശ്യമായുദയം ചെയ്തു ലയിപ്പതെപ്പോഴും വൃത്തിയുണ്ടാവുക നിലനിൽക്കുക ലയിക്കുക ബോധത്തിൽ ഒരു ദിവസം ഓരോ നിമിഷവും എത്ര വൃത്തികൾ ഇങ്ങനെ ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നുണ്ടെന്നിലും നിങ്ങളിലും അതൊന്നു സൂക്ഷിച്ചു നോക്കിക്കണ്ടാൽ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും അസ്തമിച്ചു പോകും മറ്റാരെയും നോക്കണ്ട വെറുതെ ഇരുന്നാൽ മതി ക്ഷിപ്തങ്ങൾ എത്രയാണ് ഉണ്ടാകുന്നത് ഒരു ക്ഷിപ്തം കഴിഞ്ഞ് അടുത്ത ക്ഷിപ്തമുണ്ടാകുന്നതിനിടയിൽ എത്ര മൂധങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എത്ര ക്ഷിപ്തങ്ങളെ വിശേഷേണ ഇഷ്ടപ്പെട്ട് അതിൽ ലയിച്ചിരുന്നു പോകുന്നു വിക്ഷിപ്തങ്ങളായി എന്ന് നോക്കുക വിക്ഷിപ്തത്തിൽ എത്ര ഏകാഗ്രത വരുന്നുണ്ടെന്ന് നോക്കുക വിക്ഷിപ്തവേളകളിൽ ഇതര വൃത്തികളെ എങ്ങനെയാണ് സമർത്ഥമായി നിരോധിച്ചു നിർത്തുന്നതെന്ന് നോക്കുക ക്ഷിപ്തം മൂഢം വിക്ഷിപ്തം നിരോധം ഏകാഗ്രത എന്നിവയിൽ മനുഷ്യസാധ്യമായ വിക്ഷിപ്തവേളയിലെ ക്ഷിപ്ത നിരോധങ്ങളിലെ നിരോധമാണ് പതഞ്ജലിക്ക് നിരോധത്തിന് മനുഷ്യൻ സമർത്ഥനാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ വൃത്തികളും നിരോധിക്കാനാവില്ല മനസ്സിലാവൂ എന്നറിയില്ല രാവിലെ വീടിന്റെ മുറിക്കേർത്തിരുന്ന് സുഭാഷ് എന്ന മനുഷ്യൻ ഒരാവശ്യവുമില്ലാതെ തന്റെ വീട്ടിൽ നിന്ന് നൂറ്റിയൺപത് കിലോമീറ്റർ അകലെ ചെറുപ്പുളശ്ശേരിയിലൊരു മുറിയിലിരുന്ന് വെറുതെയിരിക്കുമ്പോൾ അച്ഛൻ ക്ഷിപ്തമായി കിടന്നു ക്ഷിപ്തമായി വന്ന അച്ഛൻ മുമ്പ് വീടും പറമ്പും തനിക്ക് തരാവെന്ന് പറഞ്ഞത് ക്ഷിപ്തമായി കിടന്നു വീടും പറമ്പും വന്നപ്പോൾ അവിടെ താമസിക്കുന്നതും കെട്ടിടം പണിയുന്നതും കൂടുതൽ പ്രിയത്തോട് വിക്ഷിപ്തമായി വന്നപ്പോൾ മൂന്ന് പ്രാവശ്യം കാപ്പി കുടിക്കാൻ ഭാര്യയെ വിളിച്ചിട്ടും കേട്ടില്ല എഴുന്നേറ്റു വന്നില്ല കാപ്പി വിളമ്പി വെച്ചിരിക്കുന്നു കുടിക്കാനാ എനിക്ക് നേരമില്ല രാവിലെ സ്കൂളിൽ പോണം അബോധത്തിലെടുത്ത് കുടിച്ചോളാവുന്നു വൈകുന്നേരം തൃപ്തയായി കുടിച്ചോളാവെന്ന് പറഞ്ഞതുകൊണ്ട് പോയ ഭാര്യ വൈകുന്നേരം വന്നപ്പോ നീ എനിക്ക് കാപ്പി തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുടിച്ചോളാവെന്ന് നിങ്ങളല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് തർക്കിക്കുന്നത് നിരോധം കൊണ്ടാണ് അതുവരെ വൃത്തികളെ മുഴുവൻ തെളിവെടുക്കണം തെളിവെടുക്കണോ ഭാര്യ വന്നിട്ടുണ്ടോ ശരിയുണ്ടോ ശരിയുണ്ടോ മനസ്സിലായോ മനുഷ്യ മനസ്സിന് നിരോധിക്കാൻ കഴിവുണ്ട് പ്രിയ വൃത്തികൾ വരുമ്പോൾ ഇതര വൃത്തികളെ മുഴുവൻ നിരോധിച്ചു നിർത്തുന്നു എങ്കിൽ ആ സാധ്യതയെ ഉപയോഗിച്ച് സമസ്തവൃത്തികളെയും നിരോധിച്ചാൽ എന്താവും ശുദ്ധവും അവക്രവുമായ ജ്ഞാനം സമ്പാദിക്കാം യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി എഴുതിയ മുഹൂർത്തം പോലെ ബോധ്യപ്പെട്ടാൽ യോഗശാസ്ത്രം ബോധ്യപ്പെടും ഇതതിന്റെ എളുപ്പവഴി അപ്പോ വൃത്തി നിരന്തരമായുണ്ടാവും വേദാന്തപ്രകാരം അഹം എന്നും ും രണ്ടാണ് വൃത്തി അഹം വൃത്തിയും ഇദം വൃത്തിയും അഹം ആത്മാവിനെയും ഇദം പ്രപഞ്ചത്തെയും കുറിക്കുന്നു ഒന്ന് ബാഹ്യാനുഭവങ്ങളിലേക്കും ഒന്ന് ആത്മാനുഭവങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു രണ്ടും കലരുന്നു അഹമെന്ന വൃത്തിയെ ഇതെന്ന വൃത്തിയെ വെടിഞ്ഞ് അഹമെന്ന വൃത്തിയെ ശുദ്ധീകരിച്ച് ഇതത്തിന്റെ ബീജങ്ങളില്ലാതാക്കി അന്തര്യോഗത്തിലൂടെ പോകുന്നത് ആത്മാനുഭവവുമാകുന്നു പ്രക്രിയ മനസ്സിലായോ എന്നറിയില്ല പ്രക്രിയ മനസ്സിലായോന്നറിയില്ല ഇതമെന്ന വൃത്തി അഹമില്ലാതെ നിലനിൽക്കില്ല അഹം ഇതമില്ലാതെ നിലനിന്നാൽ ലോകബോധമില്ലാതാവുകയും ആത്മബോധമുണ്ടാവുകയും ചെയ്യും ഒരിതം വൃത്തിയും അഹമില്ലാതെ നിലനിൽക്കില്ല അതുകൊണ്ട് പറയും തദേജതി തന്നൈജതി തദ്ൂരെ തദ്കെ തദ്ധരത വൃത്തിയുടെ ഈ കളിയാണ് അഹംപദത്തിന്റെ ലക്ഷ്യർത്ഥം അവസ്ഥാത്രയ സാക്ഷി ചൈതന്യമാണ് ഇതം വൃത്തി ചൈതന്യത്തെ ആ ഇതം വൃത്തി ഇതമെന്നത് ഈ അഹത്തെ ചൈതന്യത്തെ പരിച്ഛിമാക്കുന്നു പരിച്ഛേദിക്കുന്നു അപ്പോഴാ മാത്രയൊക്കെ ഉണ്ടാകുന്നു അളവുണ്ടാകുന്നത് അപ്പോഴാണ് ിയേ പരിച്ഛിത്തെ ആഭിരുതി മാത്രാ അളക്കുന്നവൻ അപ്പോഴാണ് ഉണ്ടാകുന്നത് അളക്കുകയാണ് വൃത്തി ചെയ്യുന്നത് അളവാണ് പറയുന്നത് ജഗത്തന്നവരും ഇപ്പൊ ജഗത്ബോധം വരുമ്പോൾ അഹംബോധത്തെ ജ്ഞാനത്തെ ചൈതന്യത്തെ പരിച്ഛേദിക്കുന്നു അപ്പോൾ മാത്രമാണ് ദൃശ്യമുണ്ടാകുന്നത് ഇല്ലെങ്കിൽ ദൃശ്യങ്ങളില്ല അങ്ങനെയാണ് ഈ പാമ്പുണ്ടായത് അധിഷ്ഠാനമായ കയറിൽ ഇതം വൃത്തി ബാധിച്ചാൽ ഇതം വൃത്തി ബാധിച്ചാൽ വൃത്തിയില്ലാതായാൽ വൃത്തിയുടെ ബാധ വങ്ങാൻ പാമ്പില്ലാതായി കയർ അവശേഷിച്ചു ഇതവും അവിടെ രണ്ടെണ്ണമാ വൃത്തി എന്ന് പറയുന്നത് ഒന്ന് ഇതം രണ്ട് സർപ്പം ഇദം എന്ന വൃത്തിയാദ്യം ഇതെന്ത് രണ്ടാമതാ വൃത്തി പരിണമിച്ചു ഇത് സർപ്പം ഇതം എന്നത് അജ്ഞാന വൃത്തിയാണെന്ന് തോന്നുമ്പോഴും ഇത് സർപ്പമാണെന്നത് ജ്ഞാനവൃത്തിയായിത്തോന്നും അങ്ങനെയാണ് ലൗകികങ്ങളായ വിഷയങ്ങളുടെ അറിവിൽ അഭിമാനമുണ്ടാകുന്നത് അങ്ങനെയാണ് ലൗകിക വിഷയങ്ങളെ അറിയുന്നവനെ പണ്ഡിതനെന്ന് നാം വിളിക്കുന്നത് പ്രക്രിയ മനസ്സിലായതെന്നറിയില്ല മഹാപണ്ഡിതൻ ജ്ഞാനി ലോകവിഷയങ്ങളെല്ലാം അറിയാം ലോകവിഷയം അറിയാൻ ഈ ഇതം വൃത്തി ഇങ്ങനെ ഭ്രമിച്ചു ഭ്രമിച്ചു വർധിക്കുകയാണ് അതിൻ്റെ ഭ്രമവും വൃത്തിയും അറിയുന്നതിന് മുമ്പ് ആഗ്രഹിക്കുമ്പോഴും അറിയുമ്പോഴും അജ്ഞാനമാണ് രണ്ടും അജ്ഞാനമാണ് ഇതാണ് ഗുരുദേവന്റെ സംശയരഹിതമായ അരുളപ്പാട് ഇത് രണ്ടും ഇല്ലാത്തതാണ് ഇതം വൃത്തിയും ഇതം വൃത്തിവിശിഷ്ടമായ സർപ്പവും ജ്ഞാനത്തിൽ ബാധിച്ചുപോയി അപ്പോൾ ആദ്യം തന്നെയുള്ള സത്യമായ ജ്ഞാനമേയുള്ളൂ മറ്റൊന്നുമില്ല ഉണ്മയെ ആസ്പദമാക്കിയ അസ്തിത്വവാദവും ില്ലായ്മയെ അടിസ്ഥാനമാക്കി നാസ്തിത്വവാദവും ഇവിടെ നിന്നാണ് പിരിഞ്ഞുണ്ടാകുന്നത് ശൂന്യവാദവും അസ്തിത്വവാദവും ഈ രണ്ടു വഴികളാണ് ശാസ്ത്രത്തിന്റെ ഗൌരവമാർന്ന രണ്ടു പന്ഥാക്കൾ കുറെ പേർ നാസ്തികർ കുറെ രണ്ടു വാദവും അങ്ങനെയുണ്ട് യഥാർത്ഥത്തിൽ കയറുണ്ട് അതായത് അധിഷ്ഠാനമുണ്ട് സർപ്പമില്ല ഇതുണ്ട് എന്ന വാദത്തിന് ആധാരമാണ് വിഷയങ്ങളുണ്ട് അതിനനുസൃതമായ കർമ്മങ്ങളുമുണ്ട് ഹേതുവായ പ്രാതിഭാസിക സത്യമുണ്ട് ഈ വിഷയാധ്യാസം വേണ്ടെന്നു വച്ച് ജ്ഞാനാധ്യാസം മാത്രമെടുത്താൽ ഇല്ലാത്ത ജ്ഞാനവും ഇല്ലാത്ത സർപ്പവുമായി അപ്പോൾ പ്രപഞ്ചവ്യവഹാരത്തിന് കാരണം ശൂന്യമാവും മറ്റൊരു വിധത്തിൽ ഇത് പറഞ്ഞാൽ ഇതത്തിന്റെ അധ്യാസമാണ് സർപ്പത്തെ കാണിച്ചത് ഇതെന്ത് എന്ന ചോദ്യവും ഇത് പാമ്പ് എന്ന അറിവും രണ്ടും അന്ധകരണത്തിന്റെ വൃത്തിയാണ് അപ്പോൾ അസത്യവസ്തുവിന്റെ ജ്ഞാനത്തെ നിഷേധിക്കാം സർപ്പപ്രതീതി ഭയജനകവും വിഷയ കാര്യത്വുമുള്ളതാണ് സക്രിയമാണ് അത് സത് അസത്വിലണമായ അവിദ്യയാണ് സത്യത്തിന്റെ സഹായമില്ലാതെ ഈ പ്രതീതിയില്ല ഇതാ നമ്മൾ ആദ്യം പറഞ്ഞേ അകത്തെ കൂട്ടിക്കൊണ്ടുപോകാതെ ഒരിതം വൃത്തിയുമില്ല ലോകാനുഭവങ്ങളിലെല്ലാം ചൈതന്യമുണ്ട് ലോകാനുഭവമില്ലെങ്കിൽ ചൈതന്യം മാത്രമേ ഉള്ളൂ അതകത്തേക്കുള്ള പോക്ക് മറ്റത് പുറത്തേക്കുള്ള പോക്ക് ചൈതന്യത്തെയും കൈക്ക് പിടിച്ച് വിഷയങ്ങളിലൂടെയുള്ള യാത്ര അത് വേണോ ഈ വിഷയങ്ങളെ മുഴുവൻ വെടിഞ്ഞ് ശുദ്ധമായി സത്വമായി മുക്തമായി അകത്തേക്ക് പോകണം ഈ വഴിയിലാണ് ഈ ചിന്ത അപ്പൊ സത്യത്തിന്റെ സഹായമില്ലാതെ ഒരു പ്രതീതി ഇല്ല പ്രതിപ്യജ്ഞാനമെല്ലാം സത്യത്തോട് ചേർന്നാണ് പ്രാതിഭാസികം പോലും ആ സമയത്ത് സത്യമാണ് അതുകൊണ്ടാണ് അതിനെ അധ്യാസമെന്ന് വിളിക്കുന്നത് വിഷയ അവഛന്ന ചൈതന്യമാണ് വ്യവഹാരത്തിന് കാരണം ചൈതന്യമില്ലെങ്കിൽ വ്യവഹാരമില്ല അപ്പൊ അധിഷ്ഠാനമായ കയറിന്റെ അറിവുണ്ടായാൽ അതിനു മുമ്പുണ്ടെന്നു പ്രതീതമായ സർപ്പമില്ലാതാവും അല്ലാതെ ഒരിക്കലും സർപ്പഭയം തീരില്ല തുടർന്ന് സർപ്പമില്ല എന്ന് വ്യവഹരിക്കാനുമാവും അങ്ങനെയാകുമ്പോൾ രണ്ടു വ്യവഹാരങ്ങളുണ്ട് ഒന്നാദ്യം മങ്ങിയ വെളിച്ചത്തിൽ നടന്നുവരുന്ന ഒരുവൻ പാമ്പിനെ കണ്ടു പാമ്പു മാത്രം വേറൊന്നുമില്ല പാമ്പെന്ന ജ്ഞാനം കണ്ണുകളിൽ ഉദിച്ചു വിഷയാവച്ഛിന്ന ചൈതന്യവും ഇന്ദ്രിയാവഛിന്ന ചൈതന്യവും മങ്ങിയ പ്രകാശചൈതന്യവും ചേർന്ന് ബോധത്തിൽ സർപ്പത്തെ പ്രതീതമാക്കി അപ്പോൾ സർപ്പവിഷയവും അദൃശ്യവുമായുള്ള പൂർവപൂർവ അനുഭവവും മനസ്സെന്ന വർത്തമാനത്തിൽ അനേകം വ്യവഹാരങ്ങളുണ്ടാക്കി ഈ പാമ്പ് കടിച്ചു മരിച്ചവരെ മുഴുവൻ ഉണ്ടാക്കി ഈ പാമ്പ് എന്നെ കടിക്കുമെന്ന് തോന്നി തുടർന്ന് അറിയാതെയാ നിലവിളിച്ചത് അയ്യോ പാമ്പ് തുടർന്ന് അറിയാതെയാണ് പുറകോട്ട് ഓടിയത് തട്ടി വീണത് അനേകം വ്യവഹാരങ്ങൾ ഈ വ്യവഹാരങ്ങളാ ജീവിതം ോധം മാത്രം നിലനിൽക്കുവാൻ പരിശീലനം സിദ്ധിച്ചവൻ അവിടെ നിന്ന് നല്ല വെളിച്ചത്തിൽ പരിശോധിക്കും നല്ല വെളിച്ചത്തിൽ അതില്ല എന്ന് ബോധ്യമാകുമ്പോൾ ചിരിവരും മനസ്സിലായത് നിങ്ങളിതുവരെ വ്യവഹരിച്ച ആരോടെല്ലാം പറഞ്ഞുവോ ആരെല്ലാം പറഞ്ഞുവോ ആരെല്ലാം തർക്കിച്ചുവോ ആരെല്ലാം അനുഭവിച്ചുവെന്ന് പറഞ്ഞുവോ ഈ പ്രപഞ്ചം മുഴുവൻ കള്ളമാകും ഒരാൾ അനുഭവിച്ചുവെന്ന് പറയുമ്പോൾ അനുഭവിക്കാത്തവൻ കള്ളമാണെന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യം വരുമോ അത്രയും ദേഷ്യം ഇപ്പം നിങ്ങൾക്ക് വരും മനസ്സിലായില്ല മറിച്ച് അനുഭവിച്ചവന് തന്നെ ഇത് കള്ളമായിരുന്നു എന്ന് ബോധ്യമാകും അദ്വൈത ദീപിക കേൾക്കാനാ വന്നിരിക്കുന്നത് കുറച്ച് കാലമായി കാണാതിരുന്നൊരു സുഹൃത്തിനെ കണ്ടുപിട്ടി കുറച്ച് കാലമായി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു എട്ടര മണിക്ക് വന്നതാണ് കാരണം ക്ലാസ് ഒരു ഒമ്പത് മണിക്കായിരിക്കുമെന്ന് വിചാരിച്ച വന്നത് വന്നുകഴിഞ്ഞിരുന്നപ്പോഴാണ് മനസ്സിലായത് ഒമ്പതരക്കാണ് മണിക്കൂർ ഒന്ന് അപ്പോഴാ സുഹൃത്തു കയറിയിടുന്ന ചെന്നു പിടിച്ചു അടുത്ത കസരലിരുത്തി കുറെ കാലായല്ലോ കണ്ടിട്ട് ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ലേ ഞാനൊരു യാത്രയ്ക്ക് പോയിരുന്നു അതുകൊണ്ടാ കാണാത്തത് ഒരു നൂറ്റൊന്ന് ദിവസത്തെ ഹിമാലയൻ പര്യടനത്തിന് പോയിരിക്കുകയായിരുന്നു കൂടെ നമ്മുടെ കേശവം നായരും ഉണ്ടായിരുന്നു നിങ്ങളെ പറ്റിയായിരുന്നു കേശവംകുട്ടി നായരുടെ ചർച്ച കേശവംകുട്ടി നായർ ഇന്നതൊക്കെയാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ നോക്കട്ടെ ക്ലാസ് ഇരിക്കുമ്പോഴെല്ലാം കേശവംകുട്ടി നായർ എന്നറിഞ്ഞു മനസിലായില്ല ഭ്രമം കൂടി നേരെ പോയി പിടിച്ച് രണ്ടു കൊടുക്കണം എന്ന് തീരുമാനിച്ച പോയെ അവിടെ ചെന്നു ഈ പറഞ്ഞ കേശവും കൂട്ടി നായരും മരിച്ചിട്ട് ഒരു കൊല്ലായി പറഞ്ഞത് മനസ്സിലായില്ല അയ്യോ അദ്ദേഹം മരിച്ചുപോയല്ലോ ഒരു കൊല്ലായി അപ്പൊ അദ്ദേഹം മാലയെത്തിപ്പോയില്ലേ ഇല്ല അദ്ദേഹത്തെ അടിക്കാനാ പോയത് പലപ്പോഴും വെളിച്ചം നല്ല പോലെ വന്നാലാണ് കാര്യം മനസ്സിലാവുക നാം ഇതുവരെ തല്ലാനും കൊല്ലാനും ഒക്കെ എടുത്തിട്ടുള്ള മാനവചിന്തകളുടെ എല്ലാം പിന്നിൽ പൂർവപൂർവാനുഭവങ്ങളുള്ള വിഷയ അവഛന ചൈതന്യത്തോട് താതാത്മ്യം പ്രാപിച്ചത്യസിച്ചു നിൽക്കുന്ന സത്യതയുണ്ടെന്ന് തോന്നുന്ന ഒരായിരം ലോകങ്ങളുണ്ട് അതൊരുവന് സ്വയം ബോധ്യപ്പെടുമ്പോൾ ഈ ലോകം ഉറക്കച്ചിരിക്കാൻ തോന്നി അങ്ങനൊരവസ്ഥയിൽ നിങ്ങൾ എത്തിയാൽ ഈ ലോകത്തെക്കുറിച്ച് ആരു പറയുമ്പോഴും നിങ്ങൾക്ക് ചിരി വരും അജ്ഞാനകാഠിന്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഭാവന ചെയ്യാൻ കഴിയുമോ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ചോദിക്കേണ്ടതാണ് അതെന്റെ ആചാര്യന്മാർ ചോദിച്ചിട്ടുള്ളതാണ് അത്രയും തപസ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായേനെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എന്റെ തപസ്സിന്റെ കുറവാണെന്ന് കൂട്ടിയാൽ മതി നിങ്ങളുടെ കുറവാണെന്ന് കൂട്ടണ്ട കാരണം നിങ്ങളുടെ കുറവാണെന്ന് കൂട്ടിയാൽ ഇനിയൊരാൾ വന്ന് പഠിപ്പിച്ചാലും മനസ്സിലാകാതാവും അത് ഞാൻ ചെയ്തു വെക്കാവുന്ന പരമദ്രോഹമാവും മനസ്സിലായില്ല അതുകൊണ്ട് നല്ലപോലെ മനസ്സിലായില്ലെങ്കിൽ പഠിപ്പിച്ച് ആചാര്യന് തപസ്സു പോരെന്ന് വിചാരിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് നഷ്ടവുമില്ല ഇത് ഞാൻ നിങ്ങളോട് പിരിവ് നടത്തുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കാകട്ട പ്രയോജനവുമുണ്ട് ആരെങ്കിലും എന്നെങ്കിലും പഠിപ്പിച്ചാൽ ഇത് മനസ്സിലാകുകയെങ്കിലും ചെയ്യും ഇപ്പൊ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിക്കുന്നില്ല ഇതിന്റെ ഭാവനയെങ്കിലും ചിരിവരുത്തുമോന്നേ ചോദിക്കുന്നുള്ളൂ അത്രയൊക്കെ മതി പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എത്രയൊക്കെ കിട്ടിയാലും സാമാന്യമായി നല്ലൊരു ദിനത്തില് വീട്ടിൽ നിന്നിറങ്ങിപ്പോന്ന് കപ്പയ്ക്ക് കളിക്കേണ്ട സമയവും വാഴയ്ക്ക് തടവെടുക്കേണ്ട സമയവും ചിട്ടി മുതലിക്കേണ്ട സമയവും ബ്ലേഡ് ശരിപ്പെടുത്തേണ്ട സമയവും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു റിയാലിറ്റി ഷോയെങ്കിലും കാണേണ്ട സമയവും കളഞ്ഞ് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നഷ്ടമാണ് ശരിയല്ല ശരിയല്ലേ ശരിക്കലോചിച്ചോളുക അപ്പോ അദൃശ്യവുമായുള്ള പൂർവപൂർവ അനുഭവങ്ങളെല്ലാം ഈ വിഷയാവച്ഛിണ ചൈതന്യത്തിൽ ചേർന്ന് അനേകം വ്യവഹാരങ്ങളുണ്ടാകും ഇതിന്റെ തുടർച്ചയായി ലോകം അനേക രാഗങ്ങളും അനേക അനേക കർമ്മകലാപങ്ങളും ബോധത്തിൽ അധ്യസിക്കുന്നൊരു വേളയിലുണ്ടാക്കും പാമ്പിനെ കണ്ട് ഭയം ഉത്കണ്ഠ മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചവരുടെ ഓർമ്മ അതിനിടയിലുള്ള ഓട്ടം തട്ടിവീഴൽ മുട്ടുകൊട്ടൽ ആശുപത്രി പോക്ക് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ നിത്യവ്യവഹാരങ്ങളെല്ലാം കേവലം വിഷയാവഛിഹ്ന ചൈതന്യത്തില് അധ്യസിച്ച് അതിലുളവായതാണ് ഈ ജഗത്ബോധം എല്ലാമെന്നറിയുമ്പോൾ എന്തിനാണ് ഓടിയത് എന്തിനാണ് തെറി പറഞ്ഞത് എന്തിനാണ് കലഹമുണ്ടാക്കിയത് എന്തിനാണ് അടിച്ചത് എന്തിനാണ് എടുത്തെറിഞ്ഞത് എന്തിനാണ് അത് നശിപ്പിച്ചു കളഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ ഇതിനൊന്നും കാരണമില്ലെന്ന് സത്യസന്ധമായി ബോധ്യം പക്ഷെ അത് സമ്മതിക്കാനാവാത്ത വിഷയാവഛിന്ന ചൈതന്യത്തില് ചേർന്ന അഹന്ത ഇതിനുള്ള ന്യായവും കാരണവും അതിന് സ്തുതി പാടുന്ന ബുദ്ധി മനസിന്റെ ദേവതയുമായി ചേർന്ന് കണ്ടുപിടിക്കും അവളങ്ങനെ നോക്കിയിട്ട അവനങ്ങനെ പറഞ്ഞിട്ട അതങ്ങനെ സംഭവിച്ചിട്ട അല്ലെങ്കിൽ ആ സമയത്ത് കാറ്റു വീശണായിരുന്നോ അത് വീശിയിട്ട അജ്ഞാനം അതിന്റെ കാരണങ്ങളെ കോർക്കുമ്പോഴെല്ലാം അജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് പോകും കാരണമില്ലെന്നൊരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കാരണമില്ലാതുണ്ടായ ഇതെല്ലാം കേവലം അജ്ഞാനത്തിലാണെന്ന് ബോധ്യമാവുമ്പോൾ ചിരി വരും അത് തുടരാനാവയാൽ നൈസർഗികാനുഭൂതി കൊണ്ട് ആനന്ദലോകങ്ങളിലേക്ക് സാധുജനെത്തും ഇതായി രണ്ടു വസ്തമിച്ചാലുള്ളത് അപ്പൊ ഇതെന്താ എന്ന ഭൂതകാല വചനം ഇത് സർപ്പമെന്ന് ശബ്ദത്തിന്റെ ശക്തി കൊണ്ട് വൃത്തിയിൽ ഉദിച്ചപ്പോൾ വ്യവഹാരം തുടർന്ന് പ്രകാശം വന്ന് ഇത് കയറെന്ന് ബോധിച്ചപ്പോൾ സർപ്പമില്ല അപ്പോൾ സർപ്പമുണ്ടെന്നും സർപ്പമില്ലെന്നും പ്രതീതമായ രണ്ടു വ്യവഹാരങ്ങൾ ഗുരുദേവൻ പറയുന്നു ഇത് രണ്ടും പ്രതീതി മാത്രം സർപ്പമുണ്ടെന്നതും പ്രതീതി സർപ്പം ഇല്ലെന്നതും പ്രതീതി ജഗത്ബോധവും പ്രതീതി ജഗത്ബോധാവസാനവും പ്രതീതി ഇല്ലാത്ത സർപ്പം ഉണ്ടായി സർപ്പം ഇല്ലാതായി അതുകൊണ്ടായത് രണ്ടും പ്രതീതി എന്ന് പറഞ്ഞത് ഈ രണ്ടും അധി അധിഷ്ഠാനത്തിലില്ല അല്പം പോലും ഇല്ല കയറിൽ തരിമ്പു പോലും സർപ്പമില്ല പക്ഷേ സർപ്പത്തെ പ്രതീതമാക്കി അധിഷ്ഠാനം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രപഞ്ചത്തിന്റെ ഉണ്മയെ മാത്രമല്ല തദ്വാര വ്യവച്ഛേദിച്ചെത്തുന്ന ശൂന്യത്തെയും ഗുരു നിഷേധിക്കുന്നു ഉണ്മയെയും ഇല്ലായ്മയെയും രണ്ടിനെയും വിഷയാകാരകാരിതയിൽ ഗുരു നിഷേധിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഉണ്മയ്ക്ക് കാരണമായ പ്രതീതി സത്തെന്നോ അസത്തെന്നോ പറയാവതല്ല സദസിലണമായയാ അപ്പോൾ പ്രാപഞ്ചികമായി നമുക്ക് ബോധത്തിലങ്കുരിക്കുന്ന ഉണ്ടെന്നുമില്ലെന്നുമുള്ള പ്രതീതികളാണ് ശത്രു മിത്രം തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും തീതികളാണ് ഈ ജഗത്തിനെ നിലനിർത്തുന്നത് ഒന്ന് ഉണ്ട് എന്ന പ്രതീതി രണ്ട് ഇല്ല എന്ന പ്രതീതി അവൾക്കെന്നോട് സ്നേഹമുണ്ട് എന്നു വാക്കിൽ പ്രതീതമായാൽ എത്ര ചായ തിളപ്പിച്ചു കൊടുക്കും എത്ര കാലുതിരുമും എത്ര ദൂരം വരെ കൂടെ പോവും ഇല്ല എത്ര ഫോൺ വിളിക്കും എത്ര നേരം സംഭാഷണം നടത്തും ആ സ്നേഹം ഇല്ലെന്നു പ്രതീതമായാൽ അവള് വിളിച്ചാലും മനസ്സിലായില്ലേ നിങ്ങളുടെ പരസ്യം ഉണ്ടെന്ന് പ്രതീതിയെ തന്നാൽ നിങ്ങളെന്തും ചെയ്യും പ്രതീതജ്ഞാനത്തിലാണ് ഈ കളിയെന്ന് പരസ്യം നൽകുന്നവനറിയാം കടുത്ത അജ്ഞാനികളാണ് ഈ ലോകത്ത് കിടന്ന് പുളയ്ക്കുന്നത് പ്രതീതജ്ഞാനത്തിന്റെ രണ്ട് സംഭാവ്യതകളാണ് ഈ പ്രപഞ്ചമുണ്ടെന്നും ഇല്ലെന്നും തോന്നുന്നത് പ്രപഞ്ചവ്യവഹാരത്തിലെ ഉണ്ടെന്ന തോന്നൽ അവനു മകനുണ്ട് അവൾക്കൊരു സഹോദരനുണ്ട് ചോദിക്കാനും പറയാനും എനിക്കും ഒരെണ്ണം വേണം ഉണ്ടെന്ന പ്രതീതിയിലാണ് ഉണ്ടാവാനോടുന്നത് ഇല്ലെന്നു പ്രതീതമായാൽ ആ സഹോദരനുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം ഉള്ളതിനേക്കാൾ കഷ്ടമാണ് ശരിയല്ല എല്ല നിങ്ങളുടെ വ്യവഹാരം മുഴുവൻ ഇതാണ് എവിടം വരെ നിങ്ങൾ വലിച്ചുകൊണ്ടുപോയാലും വളരെ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് ശത്രുമിത്രം തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും ശത്രുതകളും അവയെ സംബന്ധിച്ച് ഇതെന്റെ മിത്രം ഇവൻ മിത്രമല്ല ഇവനെന്റെ ശത്രു ഇവൻ ശത്രു അല്ല തുടങ്ങിയ പ്രതീതികളും അവയോരോന്നും ഉണ്ടെന്നും ഇല്ലെന്നും ആസ്പദമാക്കി അനേക വ്യവഹാരങ്ങൾ ഇത് രണ്ടുമില്ല അധിഷ്ഠാനം മാത്രമുണ്ട് അധിഷ്ഠാനമായ ബോധം എന്റെ ബോധത്തിൽ അങ്കുരിച്ച് പ്രതീതമായി നിലനിന്ന് മറയുന്നതാണ് ഇത് മുഴുവൻ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും ബോധമുണ്ട് പ്രതീതമായ ഉണ്മയും ഇല്ലായ്മയും രണ്ടുമില്ല ഇതാണ് ശാന്തി ീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി അപ്പോൾ ബോധത്തിലെല്ലായ്പ്പോഴും നടക്കുന്ന ഒരേറ്റുമുട്ടലുണ്ട് ഒരിക്കൽ അനുകൂലമായി ചേർത്തുവച്ച പ്രതീതി കുറച്ച് കഴിഞ്ഞാൽ അത് ഭൂതവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് സോറു തന്ന അമ്മയാണ് എന്നെ വളർത്തിയ അമ്മയാണ് എൻ്റെ അമ്മയാണ് എല്ലാമാണ് വിവാഹം കഴിച്ചും ഭാര്യയൊക്കെ വന്നു മക്കളെ ഒരുപാട് പോസസീവായിട്ട് സ്നേഹിക്കുന്ന തള്ളമാരുണ്ട് അങ്ങേറ്റം സ്നേഹിക്കും അങ്ങനെ സ്നേഹിച്ചാൽ കുറച്ച് കഴിഞ്ഞ് അതുപോലെ സ്നേഹിക്കുന്നൊരു പെണ്ണൂർ പ്പോഴാണ് കണ്ട കോടാലിയാകുന്നത് അത് ഉറക്കച്ചിരിക്കുന്നു ഏ നിങ്ങൾക്കൊന്നും അനുഭവമില്ല എന്തോ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയെ വെച്ചാൽ പേനരിക്കുമെന്ന മട്ടില് എത്ര പ്രായമായാലും സ്നേഹിച്ചു കൊള്ളുന്നു അത് കഴിയുമ്പോൾ ഈ തള്ളയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവർ അപ്പോഴാണ് നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് എത്ര പ്രാവശ്യം ഉരുട്ടിത്തന്നു ആ കഥയൊന്നും പറയാതിരിക്കുകയാണോ നല്ലത് അന്ന് നിങ്ങൾ തന്നതൊക്കെ വിഷമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കൊരാൾ ഉരുട്ടിത്തരാൻ വന്നപ്പം മനസ്സിലായില്ല കാരണം ഇപ്പോഴത്തെ ഉരുട്ടിത്തരവിലെ പ്രതീതജ്ഞാനവും അമ്മ ഉരുട്ടിത്തന്നപ്പോഴത്തെ പ്രതീതജ്ഞാനവും രണ്ടാണ് ഒന്ന് ശൈശവ കോശങ്ങൾക്ക് തൃപ്തമാകുന്ന ഭൂതകാലത്തിലേക്ക് മറയുകയും ശൈശവം മാറി യൗവന കോശങ്ങൾക്ക് തൃപ്തമാകുന്നത് ഉരുട്ടിത്തരാൻ വരികയും ചെയ്യുമ്പോൾ ശൈശവം ഭൂതകാലമായി ഇല്ലാതായി മറഞ്ഞു പോകുമ്പോൾ യൗവനം ഇന്നലെയുടെ പ്രതീതിയെ നിഷേധിക്കുകയും ഇന്നിന്റെ പ്രതീതിയെ സത്യമെന്ന് കരുതുകയും ചെയ്യുമ്പോൾ സഹിക്കാനാകാത്ത ഒരു തള്ളയുടെ ജൽപ്പനങ്ങള് തള്ളയ്ക്ക് സ്ഥാനം ഓൾഡ് ഏജ് ഹോമിലാണെന്ന് തീരുമാനിക്കപ്പെടും ശരിയല്ല ശരിയല്ല ഒരു കനത്ത നിശബ്ദത ഞാൻ അപകടം പറഞ്ഞോ ഇതാണ് ഈ അറിവിനെല്ലാം വിഷയാകാരകാര്യതയിലുള്ള എല്ലാ അറിവിനും ഭൂതഭവ്യ ഭവിഷ്യത്തുകളുണ്ട് ബോധത്തിന് ൂതഭവ്യഭവിഷ്യുഗലി ഓമേതക്ഷരമോപ്യാനം ഭൂതം ഭവിഷ്യതിർമ് അയകാലം തദപ്യേവ അതാണ് ബോധത്തിന്റെ കളി അത് വിഷയമായാൽ ഈ കുഴപ്പമെല്ലാം ഉണ്ട് അതുകൊണ്ട് അത് ഭൂതകാലത്തെ പ്രപഞ്ചത്തിന്റെ ആ തലം വെച്ച് ഇതിന്റെ ശത്രു മിത്രം എന്നൊക്കെ വന്ന് ഒരിക്കൽ അനുകൂലമായി ചേർത്തുവച്ച പ്രതീതി പിന്നീട് ഭൂതമായി പോയപ്പോൾ അന്ന് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ ഒക്കെ വ്യാഖ്യാനം മാറും അതങ്ങനെ അല്ലെന്നുള്ളവായ വിപരീത പ്രതീതി ഈ ദ്വന്ദ് സുഖദുഃഖങ്ങളും മറ്റുമായിത്തീർന്ന് ഏറ്റുമുട്ടുന്നത് നമ്മിൽ ഏറ്റുമുട്ടുന്ന എല്ലാ സുഖദുഃഖങ്ങളും ഇന്നലെ സത്യമാണെന്ന പ്രതീതിയും ഇന്നത് അസത്യമാണെന്ന പ്രതീതിയും അതിനു പകരം ഇതാണ് സത്യമെന്ന പ്രതീതിയും മനസ്സിലായില്ല പ്രതീതിയില്ലാതെ ലോകയില്ല ഇവളാണെന്റെ എല്ലാം ഇവളാണ് സുഖം തരിക എന്ന് പ്രതീതമായി കുറച്ചു കഴിഞ്ഞ് വേറൊരുത്തി വന്നു ഇവള് മോശമായി മറ്റവൾ സുഖമായി കൊലപാതകം വരെ എത്തും ഈ ദ്വന്ദ്വം ഇത് രണ്ടും സത്യമല്ല സത്യമേകമാണ് അത് അധിഷ്ഠാനം മാത്രമാണ് ജഗത്തിന്റെ അധിഷ്ഠാനമായ ഞാൻ പുരുഷൻ സത്യം അതുകൊണ്ട് കർമ്മത്തിന്റെ ഓരോ അംശത്തിലും പുരുഷയജ്ഞം അറിഞ്ഞ് യജ്ഞരൂപത്തിൽ അതിൻ്റെ ഒരു പ്രതീതി ഗുരുവിൻ്റെ ഈ വചനങ്ങളിലുണ്ട് അനന്ത പുരുഷ മഹായജ്ഞത്തിൻ്റെ അതൊക്കെ നമ്മൾ കഴിഞ്ഞോണേ പറഞ്ഞിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ മറ്റെല്ലാം വിദ്യ ബാക്കിയെല്ലാം വിദ്യ ഭഗവത്ഗീത എടുത്തു പഠിച്ചാലും ഉണ്ടെന്നുള്ള ഇതാ കാണുന്നത് ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് പുരുഷാകൃതി ബുണ്ട പുരുഷാകൃതി ബുണ്ട ഗീതയെ സ്മരിക്കുമ്പോ ഒരു വരിയേ ഉള്ളൂ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സത്യത്തെക്കുറിച്ച് നാരായണ ഗുരുദേവൻ അരുളെന്നും ഇരുളെന്നും ഇതിനെ അനുകമ്പാ ദശകത്തിൽ വേർതിരിച്ചു പറയും അദ്ദേഹത്തിന്റെ കൃതി തന്നെ നല്ലത് അതുകൊണ്ടാണ് അവിടെ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുൾ എന്ന് ഗീതാസാരവും പറയും അർജുനനിൽ പ്രതീതമായ സ്വന്തം എന്ന രൂപത്തിലുള്ള പാണ്ഡവ സൈന്യം ശത്രുരൂപത്തിലുള്ള കൌരവ സൈന്യം കുറെ കാര്യങ്ങൾ വച്ചു നോക്കുമ്പോൾ തന്റെ കൂട്ടാളികൾക്കിടയിലും തന്റെ ശത്രുക്കളുണ്ട് ഒടുവിലതിൽ മുഖ്യൻ യുധിഷ്ഠിരനായി തന്നെ വരുന്നുണ്ട് തമ്മിൽ ഏറ്റുമുട്ടുന്നുമുണ്ട് അപ്പൊ കുറെ കാര്യങ്ങളിലും ബന്ധങ്ങളിലും ശത്രുപാളയത്തിൽ അടുത്ത ബന്ധുക്കളുമുണ്ട് ഇതാ ജഗത് കൊറേ ബന്ധുക്കൾ അവിടെയുണ്ട് അവിടെ തന്നെ ഒന്നോ നീ നിന്നെ എനിക്കറിയാം വിവരങ്ങൾ അപ്പോഴപ്പ കിട്ടുമല്ലോ ശരിയല്ല നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഉണ്ടെന്ന് അവർക്ക് തോന്നരുത് കേട്ടോ ശരിയാണോ ഇങ്ങനെയാണ് ഈ ലോകം ഈ ജഗത്ത് ശത്രുവിൽ മിത്രവും മിത്രത്തിൽ ശത്രുവുമൊക്കെ കലർത്തിയാണിരിക്കുന്നത് ഈ രണ്ടു പ്രതീതികളും ഇല്ലാത്തതാകുന്നു ഏകമായ ബോധം മാത്രമാണ് സത്യം അപ്പൊ സദസിലണമായ മായയാണിതെല്ലാം ഉള്ളത് അധിഷ്ഠാനം മാത്രം ആ സത്യം ഞാനാകുന്നു സൃഷ്ടിക്കുക സംരക്ഷിക്കുക സംഹരിക്കുക ഇതാണ് ഈ പ്രപഞ്ചപ്രക്രിയയിൽ പ്രതീതമാവുന്ന നമ്മുടെ അറിവുകളുടെ നില എന്നാൽ ശുദ്ധമായ അറിവിൽ മുമ്പുണ്ടായതെല്ലാം സംഹരിച്ചിരിക്കുന്നു ഈ സത്യം ഭഗവത്ഗീതയിൽ പറയുന്നത് മയാഹതാൻ ധോം ജഹി ധിഷ്ഠാനമായ എന്നിൽ ഇവയെല്ലാം ജ്ഞാനാഗ്നിയിൽ കത്തിയിരിക്കുന്നു എന്നിൽ ഈ പ്രതീതമായ അറിവൊന്നുമില്ല അർജുന മയാ ഹതാൻ ഇതെല്ലാം എന്നാൽ കൊല്ലപ്പെട്ടതാണ് നേരത്തെ ഇതൊന്നും പ്രപഞ്ചപ്രക്രിയയുടെ നില ഇതാണ് എന്നാൽ ശുദ്ധമായ അറിവിൽ മുമ്പുണ്ടായതെല്ലാം സംഹരിച്ചിരിക്കുന്നു എല്ലാം ജ്ഞാനാഗ്നിയിൽ കത്തിയിരിക്കുന്നു നീയും നശിപ്പിക്കുക അർജുന ഗുരുവായ എന്നിൽ ഇതെല്ലാം നേരത്തെ കത്തിപ്പോയി മനസ്സിലായില്ല നിങ്ങൾ ഗീത പഠിക്കുമ്പോ എങ്ങനെയാ എടുക്കുക ഈ കൊലപാതകത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം കൃഷ്ണനേറ്റു അർജുനൻ അസ്ത്രം അയച്ചാ മതി എന്നല്ലേ എഴുതാ അല്ലേ അങ്ങനല്ലേ അങ്ങനെയല്ല കൊണ്ട് ഇതൊന്നും എന്നിലില്ല ഈ മായ എന്നെ തീണ്ടിയിട്ടില്ല എന്റെ വഴി നീ സ്വീകരിച്ചാൽ ശാന്തിയുണ്ടാവും നിന്റെ ബോധത്തിൽ നിന്റെ അധിഷ്ഠാനത്തിൽ ശത്രുണ്ടായിരിക്കുന്നു ആ ശത്രുവിന്റെ രൂപമെന്താണ് കാമമാണ് അതുകൊണ്ട് അർജുന ഏവം ബുദ്ധേ പരംബുദ്ധ്വാ സംഭ്യാത്മാനമാത്മന ജഹി ശത്രു ശത്രു ജഹി ഏത് ശത്രു കാമൂപം ദുരാസതം ശത്രു ജഹി അത് കഴിഞ്ഞാൽ പിന്നെ ശത്രു മിത്രമൊന്നുമില്ല എനിക്കിവിടെ ശത്രുമിത്രമൊന്നുമില്ല ശത്രുമിത്രോദാസീന ഭേദമെല്ലാം അജ്ഞാനകാരണമാണ് ഈ പരമാർത്ഥമാണ് തരാളിക്ക് ഉപദേശം അതുകൊണ്ടാണ് നാരായണ ഗുരു പരമാർത്ഥമുരച്ചുതേർവിടും പൊരുളോ എന്ന് പറഞ്ഞത് അതിതാണ് മറ്റേത് വിധത്തിൽ അറിവ് പ്രതീതമായാലും അത് ശുദ്ധമല്ല അതുകൊണ്ട് ശാന്തി അപ്രാപ്യമാണ് ഇല്ലാത്ത പ്രപഞ്ചത്തിന്റെ വിജ്ഞാനപൂർവകമായ നിഷേധത്തിൽ ദുഃഖനിവൃത്തിയും മോക്ഷവും ഫലമാണ് ഇവിടെ നാം രണ്ടു പ്രതീതികളാണ് പറഞ്ഞത് മുറ അറിവ് വേദം ശാസ്ത്രം രീതി മുറമാറിയത് ശാസ്ത്രവിരുദ്ധമായത് മറ്റേ മുറയല്ല ഇതാണ് കുറച്ചുകൂടെ ശാസ്ത്രപരമായ അറിവ് അശാസ്ത്രീയമായ അറിവ് അശാസ്ത്രീയമായ അറിവും അനുഭവവുമാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ആധുനിക ശാസ്ത്രം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഭാരതീയ വൈജ്ഞാനികതയിൽ നിങ്ങളുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ശാസ്ത്രമെന്ന ഭക്ഷണമില്ല അതിനെ ഇതിനോട് ചേർക്കരുത് അത് പ്രതീതിജ്ഞാനത്തിൽ തന്നെ അടങ്ങുന്നതാണ് പ്രതീതിജ്ഞാനം തന്നെയാണ് മുറ ശാസ്ത്രവിരുദ്ധമായത് നിഷ്ക്രിയമായ കയറ് പാമ്പായി പ്രതീതമാവുക കടിക്കുന്ന ചലിക്കുന്ന പാമ്പും ഇവിടെ പാമ്പായും കയറായും രണ്ട് വിരുദ്ധമായ പ്രതീതികൾ ഇത് സ്വപ്നം പോലെ ബോധത്തെ അന്യഥാഗ്രഹിക്കുന്നതാണ് വളരെ രസകരമാണ് അന്യഥാഗ്രഹണമാണ് സത് സത്യവും അസ അസത്യവുമായിരിക്കണം എന്നാൽ ജാഗ്രത് സ്വപ്നങ്ങളിലും രജ്ജു സർപ്പാദികളിലും ഇങ്ങനെയല്ല അതിന്റെ നിയമം ഇതല്ല സത് അസത്വിലണമായയാൽ സത്യാനിതങ്ങളെ മിഥുനീകരിച്ചു കാണുന്നു വിശ്വസിക്കാവുന്ന യുക്തികളിലൂടെ ഏതസത്യവും സത്യമാക്കാം വിശ്വസിക്കാവുന്ന യുക്തികളുടെ അഭാവത്തിൽ പറയുന്ന ഏത് സത്യവും അസത്യമാണ് സംഭാഷണചതുരനായ ഒരുവൻ തെളിവുകൾ നിരത്തി വീട്ടിൽ വന്നിരുന്നു പറഞ്ഞാൽ ഏതൊരാളും വിശ്വസു ശരിയല്ല ശരിയല്ല അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും സംഭാവ്യമല്ലാത്ത സിനിമയ്ക്കും നാടകത്തിനും സാഹിത്യത്തിനും കലയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം വന്നത് അതിൽ റിയാലിറ്റി ഷോയിലൊക്കെ ആങ്കറിങ് നടത്തുന്ന ആളിന്റെ ബോഡി ലാംഗ്വേജും പ്രകടനപരതയും ജീവിതയാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുവാൻ പോന്നതും അയഥാർത്ഥമായതിനെ മുഴുവൻ സത്യമാണെന്ന് ധരിപ്പിക്കാൻ പോന്നതുമായി മാറുമ്പോൾ അചിരേണ ജീവിതം ദുസ്സഹമായി തീരും ഇതിന് പറ്റുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വീഴും പ്രായം ചെന്നവരാണ് കൂടുതലിരിക്കുന്നത് ഇടയ്ക്ക് മൊബൈലിൽ വരും നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിരിക്കുന്നു ലണ്ടനിൽ നിന്ന് ഉടനെ നിങ്ങളതിലടിക്കും ശരിയല്ല ഈയിടെ ഞങ്ങളൊരു സാമി അടിച്ച് അമ്പതിനായിരം രൂപ പോയി കിട്ടും പിന്നെ കഥ പറയണ്ട പോയ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞാ സ്വാമി പറഞ്ഞേ മനസ്സിലായില്ല ബി എസ് എൻ എൽ ആണെങ്കിൽ പറയുന്നത് പ്ലസ് ടു വൺ വൺ എന്നൊക്കെ വന്നാൽ ഉടനെ ഫോൺ തൊടുക പോലും ചെയ്യരുതെന്നാണ് തൊട്ടാൽ നിങ്ങളുടെ കാശു പോകുന്ന അവർ ഞങ്ങൾക്ക് അതിന്റെ കെണി എന്താണെന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാവ് അമ ഐ റൈറ്റ് ഏ പത്രത്തിലെ പരസ്യം കൊടുത്തിരുന്നേ നിങ്ങൾ വെറുതെ കയറി വിദേശത്തു നിന്നാണെന്ന് തോന്നുന്ന വിധത്തിൽ വരുന്ന ഫോണുകളൊന്നും എടുത്തേക്കരുത് എടുത്തുപോയാൽ നിങ്ങളടച്ചവണം അടിച്ചുപോവുന്നവനെയാണോ ഏതണ്ടെങ്ങനെയാണ് അപ്പൊ ഇത് പ്രതീതജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ് കേൾക്കുമ്പോൾ ശരിയാണെന്നൊന്ന് തോന്നിയാ മതി എന്നിട്ട് ഒരിപ്പുണ്ട് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ അപ്പൊ ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന ഇതുകൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ വ്യവഹാരവും ഇതിനകത്ത് പ്പെടുത്താം അല്ലാതെ അപ്രായോഗികമായ സത്യങ്ങളല്ല ആചാര്യന്മാർ പറയുന്നത് അപ്പൊ സത്യാനൃതങ്ങളിഥുനീകരിച്ച് അനാദിമായയുടെ സ്വഭാവമാണിത് ഗുരുദേവൻ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അനാദിമായ അനാദി അനാദി അനാദി അത് ഞാൻ പറഞ്ഞ അനാദിതമസ്വഭാവം നോക്കിയതിനകത്ത് അങ്ങനെയുണ്ടോ ഉണ്ടോ ഏ അനാദിതമസ്വഭാവം കണ്ടോ അതാണ് ഈ സാധനം അനാദിമായ അപ്പൊ അനാദി എന്നത് രണ്ടർത്ഥമുള്ളതാണ് ബ്രഹ്മത്തിൽ പറയുമ്പോൾ അത് മാത്രമുള്ളത് ഏകവും അദ്വയവുമായ ബ്രഹ്മം മാത്രം സത്യമാകയാൽ ആദിമത്യാന്തങ്ങളില്ലാതെ കാലാതീതമായ സത്യം അത് ബ്രഹ്മം അതനാദിയാണ് മായയുടെ കാര്യത്തിൽ ഒരിക്കലും ഇല്ലാത്തതാകയാൽ ും അന്തവും ഇല്ലാത്തതുകൊണ്ട് മായയും അനാദി തിരിച്ച് മനസ്സിലാക്കും ബ്രഹ്മവും മായെ അനാദിയാണല്ലോ രണ്ടിൽ രണ്ട് അനാദിയ പിടിയിട്ടില്ല ഒരനാദിയല്ല അതുകൊണ്ട് മനസ്സിലാക്കി പോണം ഇല്ലെങ്കിൽ സംഗതി പശകാവും ഒന്നിന്റെ അനാദി ഇല്ലാത്തതിനാദിയില്ല അന്തൂല്ല കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ മായയായതുകൊണ്ട് അതിനൊരന്തോ ഇല്ല കുന്തോ ഇല്ല മറ്റല്ല എന്നുമുള്ളതാണ് എന്നുമുള്ളതിനും ആദ്യന്തങ്ങളില്ല ആദിമദ്ധ്യാന്തങ്ങളില്ല ഒരിക്കലും ഇല്ലാത്തതിനും ആദിമദ്ധ്യാന്തങ്ങളില്ല അപ്പോൾ ഈ പ്രതീതികൾ അനാദിയാകും എന്നാൽ ആദിമ കാരണം ഇല്ല അതനാദി കാരണമില്ലാത്തതിന്റെ നിർവഹണം അത് നിശ്ചയിക്കുവാൻ സാധ്യവുമല്ല തമസ് അഥവാ അജ്ഞാനം എന്നാണ് ഗുരു വിളിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ജനനമരണധർമ്മത്തെ മുറ മാറ്റിക്കാണിക്കുന്നു ഉണ്ട് ഇല്ല എന്നുമുറമാറിയ സത്ത് അസത്ത് രണ്ടും പ്രതീതം ഇത് അനാദിതമസ്വഭാവം പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ചേർന്നുണ്ടായതാണ് പ്രപഞ്ചം എന്ന ചർവാകപക്ഷവും അതിശക്തമായ കർമ്മസഞ്ചയം ൂപമെടുത്തതാണ് പ്രപഞ്ചമെന്ന കർമ്മപക്ഷവും ക്ഷണഭുരമായ ചിത്തവൃത്തി ക്ഷണത്തിൽ ഭൂമി തുടങ്ങിയ വിചിത്ര ദൃശ്യമായിട്ടിരുന്നു എന്ന യോഗാചാര ബുദ്ധമതവും ഇത് ശൂന്യമാണെന്നു പറയുന്ന മാധ്യമിക ബുദ്ധമതവും പ്രകൃതിയും പുരുഷനും ചേർന്നതാണെന്നു പറയുന്ന സാഖ്യയോഗമതവും ീശ്വരൻ തന്റെ മഹിമയെ വെളിപ്പെടുത്തുന്നതിന് അത്ഭുതമായ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്ന പ്രാകൃത ഹൈന്ദവ ഭക്തിയുടെയും മാഹമ്മദ ക്രൈസ്തവ ചിന്തയുടെയും പക്ഷവും ശക്തിരൂപിണി ബുദ്ധിശക്തി കൊണ്ട് ശിവശക്ത്യാദി വിചിത്ര ദൃശ്യമായ ഇതിനെ സ്വയം ഉൽപ്പന്നമാക്കിയെന്ന ശാക്തേയപക്ഷവും ീശ്വരൻ തന്റെ അഭിവാംശയിൽ പരമാണു സമൂഹമായ ഈ മഹത്ത മഹത്വമാണ്ട വിശ്വത്തിന്റെ ആകൃതിയായിത്തീർന്നു എന്ന ന്യായവൈശേഷിക മതങ്ങളും ജലം തിരമാലയാകുന്നതുപോലെ ഈശ്വരൻ ചിത്സ്വരൂപമാകുന്നു എന്ന വിശിഷ്ടാദ്വൈത പക്ഷവും എല്ലാം തള്ളി ഗുരുദേവൻ റിയുന്നവനായും അറിയപ്പെടുന്ന പ്രപഞ്ചമായും വിലസുന്നു എന്ന ശാങ്കരപക്ഷത്തെ അദ്വൈതത്തെ സ്വീകരിച്ചിട്ട് കയറിൽ പാമ്പെന്ന പോലെ വിശ്വം കാണപ്പെടുന്നു എന്ന് പ്രപഞ്ചമിഥ്യാത്വം സ്പഷ്ടമാക്കുന്നു ഇതാണ് ഗുരുദേവന്റെ രചനാശൈലിയുടെ ൂറ്റം അതുകൊണ്ട് ഈ പക്ഷങ്ങളെ ഒക്കെ നിഷേധിക്കുന്നതിനകത്തുണ്ട് ഇല്ല എന്ന വാക്കിലൂടെ അപ്പോൾ നിർദോഷവും ഭാവം കാര്യകാരണഭാവം പറയാനില്ല അതുകൊണ്ടാണ് വിവൃത്തവാദത്തെ സ്വീകരിക്കുന്നത് പരമാർത്ഥത്തിൽ ഇതുണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല വ്യാവഹാരികമായി അപരാർത്ഥമായി അജ്ഞാനത്തിൽ പ്രപഞ്ചമുണ്ടായി എന്ന് പറയാം അപ്പോൾ ആ വ്യവഹാരത്തിലുണ്ട് ഇല്ല എന്നത് പ്രതീതി മാത്രം എന്നാൽ സുഷുപ്തമായി ആലോചിക്കുന്നവന് വേദാന്തപ്രമാണജന്യമായ വൃത്തിയുണ്ടാവുന്നതോടെ അതില്ലാതാവും ജ്ഞാനാകാരവൃത്തി തജ്ജ സംസ്കാരോ അന്യസംസ്കാരപ്രതിബന്ധി എന്ന് പതഞ്ജലി പറയും അതായത് ജ്ഞാനോദയത്തിൽ പ്രപഞ്ചവ്യവഹാരം വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ് സർവസംശയ ക്ഷീയന്ദേ ജാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പരാവരേ ദർശിച്ചാൽ ഹൃദയഗ്രന്ഥികൾ ഭേദിക്കും സകല സംശയങ്ങളും ഛദിക്കും കർമ്മങ്ങൾ അറ്റുപോകും ദൈതമെല്ലാം ബാധിച്ചു പോകും കയറ് ബോധ്യപ്പെട്ടവന് എത്ര തന്നെ ശ്രമിച്ചാലും അതിൽ പാമ്പ് കാണില്ല രണ്ടും അന്വേഷു പറഞ്ഞ് അതിന്റെ അസത്തെന്നുകൂടി പറയുന്നത് ശൂല്യമല്ലെന്ന് ഉറപ്പിക്കുന്നതിനാണ് ഇല്ല അസത്ത് എന്നതിലൂടെ സദ അസവിലണമായ അനാദിസ്വസ്തമസ്വഭാവമായ ഈ പ്രപഞ്ചം അനിർവചനീയമാണെന്ന് സിദ്ധാന്തിക്കുന്നു പ്രതീതികൾ ശൂന്യാർത്ഥമല്ല പ്രതീതിയുണ്ട് അങ്ങനെയായാൽ ബാഹ്യാർത്ഥമില്ലാതെ അവയ്ക്ക് അർത്ഥക്രിയാകാരിത്വമില്ലാതാവും അങ്ങനെയായാൽ വ്യവഹാരങ്ങളില്ലാതാവും ശൂന്യമായാൽ പ്രമാണവൃത്തിയുടെ ആഗമനത്തിൽ ഈ പ്രപഞ്ചമെല്ലാം ബാധിച്ചു പോകുന്നു മായ അദ്വൈതം മാത്രം ശേഷിക്കുന്നു വെളിച്ചത്തിൽ കാണുന്ന കയറിൽ പാമ്പോ ശുക്തിയിൽ രജതമോ കാനലിൽ ജലമോ ഇല്ല ഏകമേവ അദ്വിതീയം ഉണ്ട് ഇല്ല എന്നത് രണ്ടും ജാഗ്രത്തിലും സ്വപ്നത്തിലും പ്രതീതമാണ് അവിടെ ഉണ്ടായി നശിക്കുന്നുമുണ്ട് അതുകൊണ്ട് സമാനമായ ധർമ്മത്തിൽ ഉണ്ടായ ധർമ്മികൾ രണ്ടും സമാനമായിരിക്കും അതുകൊണ്ട് സ്വപ്ന ജാഗ്രത്തുകൾക്കു ഭേദമില്ല രണ്ടും അന്യതാഗ്രഹണമാണ് നമുക്കിനി പ്രാതിഭാസികവും വ്യാവഹാരികവും പാരമാർത്ഥികവുമായ സത്യത്തെ രണ്ടാം പാദം വെച്ച് അപഗ്രതി മൂന്നാം പാദം വെച്ച് അപഗ്രഥിച്ച് നോക്കാം സത്യമത്യാരോപിതവും അനാരൂപിതവുമായ രണ്ടിൽ നിന്നും അന്യമാണ് പാമ്പെന്ന അധ്യാരോപിത സത്യം കയർ എന്ന അനാരൂപിത സത്യം ഇത് രണ്ടുമല്ല സത്യം അവിടെ രണ്ട് സത്യങ്ങളാണ് ഒന്ന് അധ്യാരോപിതമായ പാമ്പ് ബോധത്തില് തമസ്സുവന്ന് പാമ്പെന്നാണ് തോന്നിയത് എവിടുന്ന ഈ പാമ്പ് വന്നത് കയറിൽ ആദ്യന്തം പാമ്പില്ല പാമ്പില്ലാതിരിക്കെ എങ്ങനെയാണ് പാമ്പെന്ന് തോന്നുന്നത് അധ്യാരോപിത സത്യമാണ് എന്തുകൊണ്ടാണ് കയറ് കാണാത്തത് അത് അനാരോപിത സത്യമാണ് അധ്യാരോപിത സത്യവും അനാരോപിത സത്യവും രണ്ടിലും സത്യം ചേർന്നിരിക്കുന്നു അനാരോപിത സത്യത്തിലും അത്യാരോപിത സത്യത്തിലും അതായത് പാമ്പിലും കയറിലും സത്യം കലർന്നിരിക്കുന്നു അപ്പോൾ സപ്തത്തിൻ സത്യത്തിന്റെ ശാബ്തിക ശക്തി ആലംബനം ഇതാണ് സാധകൻ അറിയേണ്ടത് എന്താണ് സത്യത്തിന്റെ ആലംബനം സാധനയ്ക്കൊരു വഴി തുറക്കുന്നത് അവിടെയാണ് ഇത് പഠിക്കുമ്പോ എങ്ങനെ ഇത് മനസ്സിലാക്കും എങ്ങനെ ഇത് അനുഭവിക്കും എന്നൊരു ചോദ്യമില്ലേ ഗുരുദേവൻ അനുഭവിച്ചത് അനുഭവിക്കണം എന്നൊരു ചോദ്യമുണ്ടോ ഇല്ല ഏ അത്രയൊന്നും വേണ്ട അനുഭവിക്കാൻ പോയാൽ നമ്മുടെ പിള്ളേരില്ലാതെ അതുകൊണ്ട് നിർത്താം അല്ലേ ആ ഭാവം വേണ്ട വിടാം ഏ രണ്ടാം പാദം വേണോ ഏ ആ അനാരൂപിതത്തിലും അധ്യാരോപത്തിലും നിലനിൽക്കുന്ന സത്യത്തിന്റെ ആലംബനം തിരിച്ചറിയുന്നത് പ്രതിഭാസത്തിലും വ്യവഹാരത്തിലും അത് കലർന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് സത്യം വ്യവഹാരത്തിലും പ്രതിഭാസത്തിലും കലർന്നിരിക്കുന്നു എന്നറിയണം ദൃഷ്ടാന്തമായി ആകാശത്തിന് രണ്ട് സത്യതയുണ്ട് ആകാശം കാണുമ്പോൾ അതിൽ ആകാശമല്ലാതെ അധ്യാരൂപിത സത്യമുണ്ട് അതിനാൽ ആകാശം വ്യവഹാരക്ഷമമാണ് സത്യമില്ലെങ്കിൽ വ്യവഹാരമില്ല അപ്പോൾ ആകാശവും ആകാശത്തിൽ നിന്ന് അന്യമായതും എന്ന് രണ്ട് ആകാശത്തിൽ നിന്ന് അന്യമായത് അറിവിൽ ബാധിച്ചു പോകും അങ്ങനെ പോയാൽ എല്ലാം കൽപ്പിതവും അകൽപ്പിതവുമായ ഏതും ബാധിച്ചു പോകും എന്ന് പറഞ്ഞാൽ പ്രാതിഭാസികവും വ്യാവഹാരികവുമായതെല്ലാം മാറി അപ്പോൾ മാറാത്ത അവലംബമായ വസ്തുവേദോ അത് മാത്രം നിൽക്കും പ്രിയം അപ്രിയം രാഗം ദ്വേഷം ഇതെല്ലാം ബാധിച്ചു പോകും അറിവ് പ്രിയം കൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചത് ഇതെന്റെ പ്രിയം കൊണ്ടാണ് ചുമന്നുകൊണ്ട് കിടന്നത് എന്റെ പ്രിയം കൊണ്ടാണ് കൊടുത്തത് തിരിച്ചറിഞ്ഞ് ആ പ്രിയം ബാധിച്ചു പോയി കഴിഞ്ഞാൽ ബോധമൊന്ന് ശാന്താവും അവളങ്ങനെ പറഞ്ഞിട്ടാണ് എന്ന് ചിന്തിച്ചാൽ ഇനിയും പ്രിയത്തിന് സാധ്യതയുണ്ട് ഇനിയും വേറൊരുത്യമെന്ന് പറയും അതുകൊണ്ട് ഇതിനേക്കാൾ വലിയതിൽ വരും മറിച്ച് ശരിയായി ബാധിച്ചു പോയിക്കഴിഞ്ഞാൽ പ്രതീതങ്ങളായ പ്രാതിഭാസിക വ്യവഹാരങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള രണ്ടും ബാധിച്ചു പോയിക്കഴിഞ്ഞ് രണ്ടിലും സമാനമായിരിക്കുന്ന ആലംബനമായ സത്യം ഞാൻ അത് ുള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഇതിന്റെ എല്ലാം കാരണം ഈ ബോധം മാത്രമാണ് ബോധം ചലിച്ചതാണ് അനാദിമായയാ ഇനി ഇത് ചലിക്കില്ല സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുന്നു ജ്ഞാനമുണ്ടായിരിക്കുന്നു ീ ബോധം ഇളകില്ല എന്നുറച്ചാൽ ഇതും അപ്പൊ ഈ രീതിയിലാണ് ഇതറിയുന്നത് സ്വപ്നത്തിലൊരാൾ മരിച്ചു എന്നിട്ട് എന്ന് കണ്ടിട്ട് ഉണരുമ്പോൾ അയാൾ ജീവിച്ചിരിക്കുണ്ടെന്ന് എങ്ങനെ നിശ്ചയിക്കും കഴിഞ്ഞ ദിവസമാണോ തോന്നും അമ്മ മരിച്ചുപോയി എന്നൊരുത്തം പറഞ്ഞു അല്ലേ എവിടെയാ തിരുവനന്തപുരത്താണ് ഏ രാവിലെ എഴുന്നേറ്റ് എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്തു എവിടെയായിരുന്നു ഏ ആ ഒരു നൂറടി ഒൻ്റെ താഴ്ചയുള്ളൊരു കരട്ടി ചാടി എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ കൂടെ കൂടി വന്ന് മുങ്ങൽ വിദഗ്ധന്മാരും വെള്ളത്തിൽ മുങ്ങി അമ്മയെ പുറത്തെടുക്കാൻ ശ്രമിച്ചു അമ്മയെ കിട്ടാതെ അവസാനം ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് ഇനി ഇവൻ സ്വപ്നമോ മറ്റോ കണ്ടതാണോ എന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ തിരുവനന്തപുരത്ത് അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോ അവനും തോന്നി ഞാനിനി സ്വപ്നം കണ്ടതാണ് ഒരുത്തൻ സ്വപ്നം കണ്ടാൽ ഫയർഫോഴ്സ് വരിക വെള്ളത്തിൽ ചാടുക ഉണ്ടായോ അങ്ങനെ നിങ്ങളത് വായിച്ചില്ല ശരിയാണോ ഏ ഏ ആ പേപ്പറിലെങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നോക്കുക നിങ്ങളൊരു സ്വപ്നം കണ്ടാലുള്ള പോകി പുകല് തീപ്ര അത്ര സമയം പതിനൊന്നരയായി രണ്ടു മണിക്കൂറായി അമ്മ സ്ത്രീ വിശദീകരിച്ചു പോണോ അപ്പൊ പയ്യെ സ്വല്പം സ്പീഡ് വിട സ്പീഡ് വിടരുതോ ഏ ശരി ചായ കുടിച്ചിട്ടാ ചായ പറയാ ചെയ്യിക്കാനാവില്ല അതുകൊണ്ട് അതിനെ അനാദിതമസ്വഭാവമെന്ന് ജ്ഞാനികൾ പറയുന്നു മനുഷ്യകൾ ഈ പ്രപഞ്ചം സ്വപ്നാർത്ഥം പോലുള്ള പ്രതീതി മാത്രമാണ് എന്നാൽ ജീവനിലത് സാൽമ്യം വന്ന് ഉറച്ചിരിക്കുന്നു നിരന്തര അനുഭവമായി ഇങ്ങനെ ഉറച്ചു അതുകൊണ്ടാണ് അറിയാതെ രാഗദ്വേഷങ്ങളും ഭയങ്ങളുമൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നത് ഇപ്പൊ കേട്ടിട്ടൊക്കെ പോയാലും സാൽമ്യമുള്ളത് മറ്റതാ ഇതിപ്പോ കേൾക്കുക ഇപ്പൊ ശരിയാണെന്നൊക്കെ തോന്നുന്നു ഇതിനകത്തിരിക്കുമ്പം ഇപ്പൊ അവിടെ കൂട്ടി നിന്നു നിങ്ങൾക്കൊക്കെ വെളിയിൽ ചായ കുടിക്കാൻ വെച്ചിട്ടുണ്ട് സ്വാമിയാവുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രൈവസിയൊക്കെ വേണം അതുകൊണ്ട് മുറിയിലേക്ക് വിളിച്ചു പക്ഷെ ഒന്നു സെക്രട്ടറി ഒന്ന് ചോദിച്ചു എന്താ സ്വാമിജി കുടിക്ക പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് അതുകൊണ്ട് പാല് തന്നെ തരൂ എന്ന് പറഞ്ഞു അദ്ദേഹം പാല് കൊണ്ട് തന്നു കുടിച്ചു കാരണം സാൽമ്യം വന്നിരിക്കുന്നത് അതായത് കൊണ്ടാണ് രണ്ടും തുല്യമാണെന്നാണ് പഠിപ്പിച്ചത് മനസ്സിലായില്ല എന്നാലും മനസ്സിലായില്ല സാൽമ്യം വന്ന ബോധത്തിൽ അജ്ഞാനത്തിൽ പാലിനൊരൽപ്പം മേന്മയുണ്ട് ഇല്ലയോ ഇതാണിതിന്റെ കളി അതുകൊണ്ടിതൊക്കെ പഠിച്ചിട്ട് പോയാലും അത്ര എളുപ്പം ഇനി വീഴുകയല്ല ഇതക്ക ബാധിച്ചു പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ വരില്ല അതിന് ജീവനാ വിട്ടുണരണമെങ്കിൽ തത്വമതി മഹാവാക്യ ജ്ഞാനമുണ്ടാകണം അതിന്റെ അർത്ഥം പ്രകടമാകണം അപ്പോഴാണ് ശ്രവണം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ പ്രതീതമായ അറിവ് അർത്ഥശൂന്യമാണെന്ന് ബോധ്യമാവും എന്നിരുന്നാലും പ്രപഞ്ചബോധം മനസ്സിൽ തള്ളിക്കയറും ഇല്ലെന്നുറയ്ക്കുമ്പോഴും ഉണ്ട് എന്നു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അനാത്മധർമ്മം ഉണ്ട് ഇല്ല എന്ന പ്രപഞ്ചഭാനത്തെ മാറ്റുന്നതിന് ഗുരുചരണാരവിന്ദ പ്രാപിക്കണം ആ സമയത്ത് രണ്ടും തിരഞ്ഞിടുകരില്ല അപ്പോൾ മോക്ഷമുൾപ്പെടെയെല്ലാം ജീവനും ജഗത്തും മോക്ഷവും അടക്കം എല്ലാം അനാതിതമസ്വഭാവമെന്ന് അനിർവചനീയമെന്ന് ബോധ്യമാവും അഷ്ടാവക്ര ഗീത ഭഗവത്ഗീത ൂക്യകാരിക ഇവയൊക്കെ അതിൽ മാണ്ഡൂക്യകാരികയും അഷ്ടാവക്രഗീതയും ആദ്യ അവസ്ഥാനം ഇത് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ശാസ്ത്രത്തിനും ഉപദേശത്തിനും വരെ വ്യാവഹാരിക നിലയേയുള്ളൂ അതിനെയും പാരമാർത്ഥികമെന്ന് ജ്ഞാനികൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്നതിനെയൊക്കെ ചേർത്ത് വെച്ച് ശ്രുതി പറയുന്നത് ന്യായമാത്മാ പ്രവചനേനലഭ്യുറപ്പിച്ച് പറയുന്നത് നല്ല ബലം വരണം നല്ല ബലമുള്ളിടത്ത് അധ്യസിക്കില്ല നല്ല ഇമ്മ്യൂണിറ്റി ബാധയൊക്കെ ഉണ്ടാകുന്നത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് അവിടെയാണ് ന്യായമാത്മാ ബലഹീനലി ശ്രുതിയുടെ രണ്ട് തലങ്ങൾ അതുകൊണ്ട് ഇതിനെ ഒന്നും ഈ ഉപദേശങ്ങളെ ഒന്നും ജ്ഞാനികൾ പരമാർത്ഥമെന്ന് ഗ്രഹിക്കുന്നില്ല ജ്ഞാനവാനാകുന്നതിന് മുമ്പ് എല്ലാ വ്യവഹാരവും സത്യമാണ് അവയ്ക്കെല്ലാം പ്രമാണവുമുണ്ട് അതുകൊണ്ടാണ് പതഞ്ജലി പ്രമാണത്തെയും വൃത്തിജ്ഞാനമെന്ന് പറയുന്നത് യോഗ ചിത്തവൃത്തിനിരോധ വൃത്തയ പഞ്ചതയ്യാ ക്ലിഷ്ടാ അലിഷ്ടാഹ എന്നിട്ട് വൃത്തി പറയുമ്പോൾ പ്രമാണവിപര്യ വികൽപ്പനിദ്രാസ്മൃതയ പ്രമാണവും ഒരു വൃത്തിയാണ് വൃത്തി നിരോധിക്കുമ്പോ എല്ലാ വൃത്തികളുടെയും നിരോധമാണ് യോഗ്യം ഇപ്പൊ ജ്ഞാനം വരുന്നതോടെ എല്ലാ വ്യവഹാരവും വിദ്യയായി മാറുന്നു എല്ലാ പ്രമാണ വ്യവഹാരങ്ങളും പ്രമേയസത്തയെ അവലംബിച്ചാണ് എല്ലാ പ്രമാണവും പ്രമേയാവലംബനമില്ലാത്ത ഒരു പ്രമാണവുമില്ല അങ്ങനെ പരസ്പരാശ്രിതത്വമുള്ളതുകൊണ്ട് വസ്തുസ്ഥിതി ഇല്ലാതാണ് അങ്ങനെ ഉണ്ട് ഇല്ല എന്ന രണ്ടും പ്രമാണം കൊണ്ട് സിദ്ധമല്ല അതുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും അനാദിതമസ്വഭാവം അത് മാറുമ്പോൾ അധിഷ്ഠാനമായ സത്യാത്മാവ് മാത്രം ഗുരുദേവൻ ആറാമത്തെ ശ്ലോകം അദ്വൈത ചിന്തയ്ക്ക് അനുഗുണമായി വളരെ ഭംഗ്യം തരേണ പറഞ്ഞിരിക്കുന്നു വീണ്ടും ഏഴ് അസ്ത്യസ്തിയെന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവുമത്യമസത്യമാകും മൃത്തിൽ വികാരമത സത്യമിരിങ്കലൊക്കെ വർത്തിപ്പതൊർക്കിലൊരു മൃത്യുതുസത്യമത്രേ അസ്ഥി അസ്ഥിയെന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവുമനിത്യമസത്യമാകും മൃത്തിൽ വികാരമത സത്യമിതിങ്കലൊക്കെ വർത്തിപ്പതൊർക്കിലൊരു മൃത്തിതു സത്യമത്രേം അസ്ഥി അസ്ഥി അസ്ഥി സകലോപരി സമസ്തവും മൃത്ത് മൃത്തിൻ വികാരം മൃത്തിന്റെ വികാരം അസ്ഥിയുണ്ട് ഉണ്ടുണ്ട് എന്നു വേറെ വേറെയായി കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങൾക്കും മേലെ സമസ്തവും വേറെ വേറെയുള്ള കാഴ്ചയെല്ലാം മണ്ണ് മണ്ണിന്റെ രൂപഭേദം ആണ് യഥാർത്ഥത്തിലുള്ളത് ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ ഉണ്മയെ അനുഭവിക്കുന്ന ബോധവസ്തു ഒന്നു മാത്രമാണ് ഉള്ളത് മണ്ണ് കുടം ചട്ടി എന്നിങ്ങനെ മണ്ണിന് പലതരം ഉണ്മയുണ്ട് സത്യമറിഞ്ഞാൽ അസത്യം വ്യക്തമാവും അസത്യമറിഞ്ഞതുകൊണ്ട് സത്യം വ്യക്തമാവില്ല ശീലം കൊണ്ട് അസത്യമറിയും സത്യ അറിയില്ല അതുകൊണ്ട് രണ്ടു പരിഗണനകൾ ശാസ്ത്രം നമ്മോട് പറയുന്നു നിഷ്പ്രപഞ്ചപരിഗണനയും സപ്രപഞ്ചപരിഗണനയും രണ്ടു വഴിയിലൂടെയും സഞ്ചരിക്കാം സപ്രപഞ്ചപരിഗണന ശാഖാൻവിതമാണ് അവ്യവസായിയാണ് വ്യവസായാത്മികയായ ബുദ്ധിയിൽ മാത്രമേ ഏകബോധമുണ്ടാവും മറ്റത് ബഹുശാഖാൻവിതവും അനന്തവുമാണ് വിഷയത്തെ പിടിച്ചുപോയാൽ അതിങ്ങനെ അങ്ങ് പോവും ഒരിക്കലും ഇതിനവുമില്ല അവസാനം ഇതെങ്ങനെയെങ്കിലും ശമിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളത് കൊളുത്തി കത്തിക്കാൻ പറയും പ്രപഞ്ചവ്യവഹാരം അനന്തമാണ് കാലമതിനെ അനന്തമാക്കിയിരിക്കുന്നു കാലം ലങ്കൊരാഞ്ജനേയന്റെ വാല് കേട്ടിട്ടുണ്ടാവും അത് നീളും തോറും അസ്വസ്ഥത പടരും ഉള്ള തുണി മുഴുവൻ കൊണ്ട് നീറ്റിയിട്ടും തീരില്ല നെയ് മുഴുവൻ ഒഴിച്ചിട്ടും തീരില്ല എപ്പോഴെങ്കിലും ഇതിലൊന്നിന് തീ കൊടുത്താൽ മുഴുവനും നശിക്കും കാരണം ഇത് അനാദിതമസ്സാണ് ശരിയായ രീതിയിൽ ഒരു ബോധം വന്നാൽ ഒറ്റ എണ്ണത്തിൽ ഒന്നാമതി പിന്നെ ഒന്നിലും ഈ ബോധം നീക്കൂല അത് വരാതിരുന്നാൽ ഒന്നിനെ പിന്തുടർന്ന് അനന്തങ്ങളായ ലോകങ്ങളെ സൃഷ്ടിച്ചു പോവും ഗീതാകാരൻ അങ്ങനെയാ പറയാം വ്യവസായാത്മിക ബുദ്ധിരേഖേ കുരുനന്ദന ബഹുശാഖാഖ്യനന്ത ബുദ്ധയോ അവ്യവസായിന ഒരു കൂട്ടര് ഈ വഴിയിൽ സഞ്ചരിച്ചു സപ്രപഞ്ചപരിഗണന ഒരു കൂട്ടർ നിഷ്പ്രപഞ്ചപരിഗണന രണ്ടു വഴി സഞ്ചരിച്ചാലും ബോധം മാത്രം സത്യമാണ് എന്നതാണ് സത്യം ആധുനിക ശാസ്ത്രം രണ്ടു വഴിയിലുമല്ല സഞ്ചരിക്കുന്നത് രണ്ടും ഘട്ട വഴിയിലാണ് അതുകൊണ്ട് അതിനെ ഇതിനോടൊന്നും ഉപയോഗിക്കരുത് സത്യത്തിൽ അതുകൊണ്ട് ആത്യന്തിക സത്യത്തിലെത്തുക പ്രയാസം ഒന്ന് മായാവൃതം ആണ് ഭ്രമം മാത്രമാണ് അതുകൊണ്ട് ഗുരു ചെയ്യുന്നത് ചിജ്ജട ചിന്തനം ശരിക്കു ബോധ്യപ്പെടുത്തുകയാണ് ഉണ്മബോധവും ഇല്ലായ്മ ജഡവുമാണ് രണ്ടിനെയും പിരിച്ച് ബോധ്യപ്പെടുത്തുകയാണ് പ്രകൃതിയുടെ സ്പന്ദനം ബോധത്തിലുണ്ടായതാണ് അതിലാണ് ജടങ്ങൾ ഉളവാകുന്നത് വേദാന്തത്തിന്റെ അനുഭവം സത്തിനും അസത്തിനും മേലെയാണ് നസ തന്നാസതുച്ഛ്യതേ എന്ന് ഗീതയും പറയും എത്രേ മേ സദസ രൂപേ പ്രതിഷിദ്ധേ സ്വസംവിത अविद्ये अविदे आत्मा ब्रह्मदर्शन ऐसा ब्रह्मदर्शन भागवत भागवतम प्रथम स्कंधा പ്രഥമസ്കന്ധത്തിലേതോ ഇരുപത്തിരണ്ടാമത്തെ അധ്യായമാണെന്നാണ് തോന്നുന്നു ശ്ലോകസംഖ്യ ഓർക്കുന്നില്ല അതുകൊണ്ട് സ്വസംവിത് കേവലബോധം കൊണ്ട് സദസരൂപങ്ങൾ രണ്ടിനെയും നിഷേധിക്കണം രണ്ടും കേവലബോധത്തിൽ കൽപ്പിതമാണ് അനിത്യമാണ് രണ്ടും വിട്ടാൽ തെളിയുന്ന അഖണ്ഡ സച്ചിദാനന്ദ അനുഭവമാണ് ബ്രഹ്മദർശം ബോധത്തിൽ മായ സ്വന്ധിച്ചാൽ വിഷയങ്ങളുള്ളവരണവിക്ഷേപദാതാത്മ്യങ്ങളാണ് പ്രകൃതി അത് നമ്മൾ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ച് പറഞ്ഞത് മറയ്ക്കുക ഉണ്ടാക്കുക താതാത്മ്യപ്പെടുത്തുക മൂന്ന് പണി ക്ഷണനേരം കൊണ്ടാണ് നടക്കുന്നത് കണ്ടാൽ മതി കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഷോട്ട് കണ്ടേ ഉള്ളൂ താതാത്മ്യം പ്രാവശ്യം പ്രിയമായി ആരാധിച്ചു പിറ്റേ ദിവസം രാവിലെ ഒരു ഫോട്ടോ എടുത്ത് മുറിക്കാൻ തുടച്ചു വിളക്ക് കത്തിക്കാൻ ശരിയല്ല പെട്ടെന്ന് നടക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു സോട്ട് തെറ്റിപ്പോയി ഫോട്ടോ തല്ലി ഉടച്ചു തെങ്ങിന്റെ വീട്ടിലിട്ടു ഇത്ര ശരിയല്ല ചിലർക്ക് ഇതൊരാഴ്ച എടുക്കും ചിലർക്ക് നാല് മാസം എടുക്കും ചിലർക്ക് രണ്ട് കൊല്ലം എടുക്കും ചിലപ്പോൾ പത്ത് കൊല്ലം എടുക്കും ഇത് അകത്തോട്ട് വെച്ച് പൂജിക്കാനും പള്ളയെ കളയാൻ എടുത്ത് വെക്കുമ്പോൾ ഓർക്കണം കളയാനുള്ളതായിരിക്കും ഇതിന്റെ കാരണം ഇതാണ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതൊന്നും അധിക നേരമൊന്നും വേണ്ട ഒന്നിനും ഇതാണ് അനാദിതമസിന്റെ പ്രത്യേകത ഇപ്പൊ വിഷയങ്ങൾ ആവരണ വിക്ഷേപ കൊണ്ട് ഉൽപ്പന്നമാവുകയും ചെയ്യും സുഷുപ്തിയിലും അതിന്റെ ബീജമുണ്ട് പ്രാണസ്പന്ദത്തോടെ അന്ധക്കരണമുയരുന്നു അന്ധകരണത്തിന് കാരണം പ്രാണസ്പന്തമാണ് പ്രാണനും അപാനനും വ്യാനനും ഉദാനനും സമാനനും നാഗനും കൂർമ്മനും കൃകലനും ദേവദത്തനും ധനഞ്ജയനും ഈ വിഷയലോകങ്ങളെ പരിണമിപ്പിച്ച് ബോധമാക്കിയാണ് സ്മൃതികളും സങ്കൽപ്പവികല്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ആഹാരത്തിലടങ്ങിയിരിക്കുന്ന സാധകവിത്തത്തിന്റെ അളവിനെ ആസ്പദമാക്കി ഓർമ്മയിലും സങ്കൽപ്പവികൽപ്പങ്ങളിലും മാറ്റമുണ്ടാവും വൈഷയിക ലോകങ്ങളുടെ സ്മൃതിമണ്ഡപങ്ങൾ ഇവ തീർക്കുകയും ചെയ്യും അപ്പോ പ്രാണനെങ്ങനെ ഇതിനോട് സഹകരിക്കുന്നു അതനുസരിച്ചാണ് അന്ധക്കരണവൃത്തിയുടെ നില അതുകൊണ്ട് തന്നെ അന്ധക്കരണം ഉയരുന്നതിലെല്ലാം പ്രാണസ്പന്ദമുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവൻ പ്രാണനിലാണ് ശ്രദ്ധിക്കുക പ്രഛർദന വിധാരണങ്ങളിൽ അത് വരവഴി നമുക്ക് പിന്നെ നോക്കാം ഇത് സൂക്ഷ്മമാണ് അന്ധകരണത്തിന്റെ ഉയർച്ച സൂക്ഷ്മജടം അന്തക്കരണം സ്വപ്നത്തെ അതുണ്ടാക്കും സുഷുദ്ധിയുടെ ബീജത്തിൽ നിന്ന് പ്രാണന്റെ സ്തന്തമേറ്റുവാങ്ങി സൂക്ഷ്മജടമായ അന്തക്കരണം ചലിച്ചു തുടങ്ങിയാൽ സ്വപ്നത്തെ ഉണ്ടാക്കും വീണ്ടും ഇന്ദ്രിയങ്ങളും ശരീരവും ചേർന്ന് സ്ഥൂലഘട്ടത്തെ ഉണ്ടാക്കും ഇതാണ് ഈ ജഗത് ഇതൊരറ്റത്തുനിന്ന് വലിയ അകത്തോട്ട് കയറിയാൽ ശരീരശാസ്ത്രം പഠിച്ചു കയറിയാൽ സ്ഥൂലാന്തക്കരണത്തിന്റെയും സൂക്ഷ്മാന്തക്കരണത്തിന്റെയും തലങ്ങളിലൂടെ കയറി ജാഗ്രത് സ്വപ്ന സുശുദ്ധികളുടെ അന്തരാളങ്ങൾ ബോധ്യപ്പെട്ടാൽ പ്രാണലയത്തിന് സാധ്യത വന്നാൽ ജഗത്തില്ലാതെ വന്നു അനുഭൂതി സമ്പന്നനായൊരുവന് അതായത്നളിതവുമായി അപ്പോഴാ ശാന്തിയൊക്കെ അനുഭവിക്കുന്നത് അല്ലാത്ത ശാന്തിയൊക്കെ ശാന്തയ്ക്ക് വള്ളിയിട്ടതാണ് ശരിയായ ശാന്തി അനുസ്യൂതമായി അനുഭവിക്കണമെങ്കിൽ ഇതറിയണം ഇതതിന്റെ രഹസ്യമാണ് സൂക്ഷ്മാന്തക്കരണത്തിന്റെ നിലയും പ്രാണസ്പന്ധത്തിന്റെ നിലയും ഒക്കെ അറിഞ്ഞ് പ്രാണനാണിതിനെല്ലാം കാരണം പ്രാണനാണ് അന്തക്കരണവും ജഗത്തും അര ശ്ലോകത്തിൽ ശങ്കരൻ ഇത് പറഞ്ഞിട്ടുണ്ട് ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭീ ബ്രഹ്മസത്യം ജഗൻമിഥ്യ ജീവോ ബ്രഹ്മൈവനാപര പ്രാണസ്പന്ദത്തിന്റെ ഈ നിലയെ അറിഞ്ഞ് പ്രാണലയമാണ് അനുഷ്ഠാനം സംശയരഹിതമായി സമസ്ത സത്യവും ഇതാണെന്ന് ഗുരു ഉദ്ഘോഷിക്കുന്നു ഇവിടെ ഒരു ദൃഷ്ടാന്തം കൊണ്ട് പ്രകടമാക്കുന്നു മണ്ണ് ഘടം അതിൽ നാമരൂപങ്ങൾ അനിത്യം ദൃഷ്ടാന്തം മണ്ണാണ് ഘടം തുടങ്ങിയ നാമരൂപങ്ങൾ അനിത്യം മണ്ണ് സത്യം മണ്ണിലുണ്ടായ വികാരമാണ് ഘടാദികൾ ആ നാമങ്ങൾ മാനവകൽപ്പനകൾ മാത്രം ജീവസൃഷ്ടി മാത്രം പഞ്ചദശീകാരനെ ഉദ്ധരിച്ചാൽ ഇപ്പൊ നാമമോ രൂപമോ എന്നെണ്ണുന്ന സത്യത്തെ മാനവകൽപ്പനയെ നോക്കിയ സത്യത്തെ അത് മറയ്ക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് മറഞ്ഞു നാമമായ ഘടമുണ്ടായി മണ്ണിൽ പ്രിയുമില്ല കടത്തിൽ പ്രിയമുണ്ട് മണ്ണിൽ പ്രിയമോ അപ്രിയമോ ഇല്ല മണ്ണിഷ്ടം പോലെ കടത്തിൽ പ്രിയമുണ്ട് അപ്രിയവുമുണ്ട് കടത്തിൽ ദുഃഖമുണ്ട് സുഖവുമുണ്ട് ഇതാണ് ദൃഷ്ടാന്തം കൊണ്ട് പഠിപ്പിക്കുന്നത് അപ്പോ നാമത്തിലും രൂപ രൂപത്തിലും ഭ്രമിച്ചാൽ സത്യമകലുന്നു ബോധം മായ ഇവയുടെ സങ്കലനമാണ് ജീവിതവും വിഷയാനുഭവവുമെല്ലാം ബ്രഹ്മശക്തിയായ മായ ഉണ്ടായി മറയുന്നു കാരണാംശം കാര്യത്തിലുണ്ടാവും അപ്പോൾ എല്ലാ പ്രാപഞ്ചിക സത്യത്തിലും ബ്രഹ്മാംശമുണ്ടാവും അപ്പോൾ പ്രപഞ്ച പ്രതിഭാസങ്ങളെ സൂക്ഷിച്ചവഗ്രഹിക്കുന്ന സപ്രപഞ്ച പരിഗണനയിൽ ഒരുവന് യുക്തിയുക്തം ബ്രഹ്മം ദർശിക്കാം പക്ഷേ ത്തിലാണെന്ന് അറിയണം അതിനും അപ്പുറമാണ് സത്യമെന്നറിയണം അപ്പൊ ജാഗ്രത് സ്വപ്ന സുശുദ്ധികളിൽ കാണപ്പെടുന്ന വ്യാവഹാരിക പ്രാതിഭാസിക അജ്ഞാനങ്ങൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ബാധിച്ചു പോകും മണ്ണിന്റെ വികാരമായ ഘടം മണ്ണിൽ ബാധിച്ചു പൊത്തിയാൽ പിന്നെ ഘടവില്ല മണ്ണ് നിൽക്കും വാണീവിഷയകങ്ങളായ നാമരൂപങ്ങൾ അലാദം പോലെ ആഭാസമാണ് അലാദം എന്ന് പറഞ്ഞാൽ മനസ്സിലായി തീക്കുള്ളി കിറക്കുമ്പോ ഒരു വൃത്തം കാണും മനസ്സിലായില്ല തീക്കുള്ളിയുള്ള വൃത്തമില്ല വൃത്തമാഭാസ്തമാണ് അതുപോലെ നിൽക്കുന്ന നാമരൂപങ്ങൾ അതനുഭവമായാൽ ഈ ജഗത്തിലെ ഒരു കാര്യം കൊണ്ടും ദുഃഖമുണ്ടാവില്ല പരമശാന്തി ലഭിക്കുകയും ചെയ്യും ആത്മാവിൽ വിഭാഗീകൃതമായ എല്ലാം വികൃതമാകയാൽ അസത്യമാണ് ഉണ്ട് ഉണ്ട് എന്നീ വസ്തുതകളെ എല്ലാം പറയുമ്പോൾ അതെല്ലാം വികൃതമാണ് വികാരമാണ് എന്നർത്ഥം വികൃതം എന്ന് പറയുമ്പോൾ ഭാവതലത്തിൽ തോന്നേണ്ടത് അതൊരു വികാരമാണ് ബോധത്തെ വികൃതമാക്കുന്ന വികാരമാണ് നാമരൂപങ്ങളെല്ലാം ശാന്തമായി ഏകമായി ഒരഴത്തിരുന്ന ബോധം ബോധിക്കുന്നവനും ബോധ്യപ്പെടുന്നതുമായ രണ്ടായി പിരിഞ്ഞാൽ വികൃതമായി അതിലെല്ലാം പ്രിയപ്രിയങ്ങളുണ്ടായി ഏകർഷിയുടെ ഒറ്റക്കിരിക്കുന്നവന്റെ ലോകം സാന്ത്വനമാകുന്നത് ഇതുകൊണ്ടാണ് ഒറ്റകിരിക്കുക ഒറ്റകിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ഒരു മുറിയുടെ ചകത്ത് കയറിയിരിക്കുക എന്നല്ല അപ്പൊ ലോകം മുഴുവൻ ബോധത്തില് തെളിഞ്ഞുവരും ലോകത്തിന്റെ നടുക്ക് നിൽക്കുമ്പോൾ പോലും ലോകം ഉണരാതിരിക്കണം മുറി അടച്ച് ധ്യാനിക്കാൻ കയറിയിരുന്ന അതിനകത്ത് ഈ ലോകമല്ല വരുന്നെങ്കിലും ഭ്രാന്തണ്ടാവും അതുകൊണ്ട് ഏറ്റവും വികൃതമാണ് അത് അസത്യമാണ് അതെല്ലാം വികൃതമാണ് അവയെല്ലാം ദേശപരിച്ഛിന്നവും കാലപരിഛിന്നവും വസ്തുപരിച്ഛിന്നവുമാണ് നാമരൂപങ്ങളെല്ലാം ഇത് ബ്രഹ്മസൂത്രത്തിൽ വേദവ്യാസനും യാവാരം എന്ന് പറഞ്ഞിട്ടുണ്ട് രസകരമായി വ്യാപകാരിക പ്രാതിഭാസികങ്ങളെല്ലാം അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് അല്ല ബാധിച്ചു പോകുന്നത് എന്നർത്ഥം പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കണം ഇല്ലാത്തത് അനുഭവം ഒരിക്കലും സാധകനുണ്ടാവില്ല സിദ്ധനായാൽ വ്യവഹാരവുമില്ല അതുകൊണ്ട് സാധക പ്രമാണത്തിൽ പഠിക്കുമ്പോൾ ഇല്ലാത്തതെന്ന് പഠിക്കരുത് അതാദ്യം തോന്നിപ്പോയാൽ ഉണ്ട് എന്ന വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് തെന്ന് പറഞ്ഞ് മുക്താഭിമാനിയായി മാറും പിന്നെ മുക്തിയില്ല അതൊരഭിമാനമാണ് ആ അഭിമാനം മുക്തനാകാത്തവന്റെ വിഷയാഭിമാനത്തെക്കാൾ കഠോരമാണ് ഇതാണ് ഇതിന്റെ വഴിയിലെ വലിയൊരു ചതി ഈ ചതിക്കുഴി കാണണം ഈ ചതിക്കുഴി കണ്ടാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഗുരുദേവൻ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുന്നത് വ്യാവഹാരികങ്ങളും പ്രാതിഭാസികങ്ങളുമായവയെല്ലാം ബാധിച്ചു പോയിക്കഴിഞ്ഞാൽ പാരമാർത്ഥിക സത്യം നിലനിൽക്കും അപ്പോൾ അസത്യം എന്നു പറഞ്ഞാൽ ഇല്ലാത്തതല്ല ബാധിച്ചു പോകുന്നത് എന്ന് പറയണം അതുകൊണ്ട് മായയെ സാമ്പ്രദായികന്മാർ അനിർവചനീയം എന്ന് പറയും മൃത്തിൽ വികാരമിത് അസത്യം മണ്ണിലെ വികാരമാണ് ഈ ക്ണം അതസത്യമാണ് ബാധിച്ചു പോകുന്നതാണ് സപ്രപഞ്ച പരിഗണനയിൽ സ്വാബാധികഭ്രമം മാത്രമാണ് അന്ന് ദൃഷ്ടാന്തത്തിലൂന്നി ഗുരു ഭംഗിയായി കാട്ടിത്തരുത്തുന്നു നല്ല ദൃഷ്ടാന്തമാണ് ദൃശ്യം മുതൽ ദൃക്കുവരെ എല്ലാം അഴിച്ചവഗ്രഹിച്ചു നോക്കിയാൽ രസകരമാണ് ഏറ്റവും രസകരമായി എഴപിരിച്ചഴിച്ചാൽ ഇത് രസമാണ് അപ്പോൾ ജീവാത്മാവിനെയും അതിൻ്റെ പൂർണ്ണ പരമാർത്ഥത്തിൽ നോക്കിയാൽ ദൃശ്യങ്ങളെല്ലാം അവിടുന്ന് വരുന്നത് ഇതങ്ങോട്ട് ഇഴ അഴിക്കാൻ തുടങ്ങിയാൽ അഴിച്ചഴിച്ച് ഇല്ലാതാകുന്നത് രാമകൃഷ്ണദേവൻ പറഞ്ഞ ഉദാഹരണം പോലെ ഉപ്പുപാവ കടലിൽ പോയ പോലും കടമഴിക്കുമ്പോൾ കടത്തിലുള്ളത് അത്രയും മണ്ണാണ് കടം മുഴുവൻ മണ്ണായിരുന്നിട്ടും മണ്ണല്ല കടമെന്നൊരു ബോധം അതിലുള്ള അഭിമാനം അതിനെച്ചൊല്ലിയുള്ള പ്രിയാപ്രിയങ്ങൾ അതിനെ ആസ്പദമാക്കിയുള്ള കൊടുക്കവാങ്ങലുകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വക്കാണങ്ങൾ ഈ ജഗത്ത് ഭ്രമമായി മാറുന്നത് ഇതിൽ മാത്രമാണ് വിലയുറ്റതായി തോന്നിയാൽ ഭ്രമമേറും ശരിയല്ല ഘടം വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭ്രമം കുറയും ഘടത്തിന് പത്തു രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ ഭ്രമം തീരെ ഉണ്ടാവില്ല ഒരയ്യായിരം രൂപയാണ് ഒരു ഘടത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റ് ഘടം വാങ്ങിയനോടും ശരിയല്ല സ്വർണത്തിന് വില കുറഞ്ഞിരുന്നപ്പോൾ തള്ളു കുറവായിരുന്നു ഇരുപത്തിമൂവായിരം രൂപ വില വന്നപ്പോ എട്ടുമണിയായിട്ടും കട അടയ്ക്കാൻ പറ്റുന്നില്ല തൃശൂരിൽ നിന്നൊരു വിളിച്ചു പറഞ്ഞത് കടയിലിരുന്ന മുഴുവൻ സാധനവും ഏഴരയായപ്പോഴേക്ക് വിറ്റുതും ആളുകൾ പോകുന്നില്ല അവസാനം മുതലാളിയുടെ കയ്യെ കിടന്ന ചെയിനും കൂടെ ഉരിക്കൊടുത്തിട്ടേ വിട്ടുള്ളൂ നമ്മുടെ വിറ്റിത്തല്ല അതാണ് ലൗകികർക്ക് ശരി നമുക്ക് വിദ്യന്തെന്ന് തോന്നിയാൽ പിള്ളേരോട് നിന്ന് പറഞ്ഞു നോക്കി അപ്പൊ അതുകൊണ്ട് ശരിക്കും മനുഷ്യനോടുന്നതിലാണ് ഘടത്തിന്റെ ഓരോ അംശത്തിലും മണ്ണുണ്ട് മണ്ണിന്റെ എല്ലാ അംശത്തിലും ഘടമില്ല ഘടമുണ്ടാക്കുന്ന അഭിമാനവും പ്രിയാപ്രിയങ്ങളും കോലാഹലങ്ങളും കലാപങ്ങളും അലോചൽ രസമാണ് അപ്പൊ ജീവാത്മാവിനെയും അതിന്റെ പൂർണ്ണപരമാർത്ഥത്തിലെത്തിക്കാനാവില്ല ഉപ്പുപാവ സമുദ്രത്തിലെന്ന പോലെ അലിഞ്ഞില്ലാതാവും ഉപനിഷത്തുകൾ അതുകൊണ്ട് തത്വമസിയെ ഉദ്ബോധിപ്പിക്കുന്നു ആത്മാനന്ദം വിഷയവൈരാഗ്യവും ചിത്തനിഗ്രഹവും വന്ന് ബ്രഹ്മസത്യം തെളിഞ്ഞവന് വശമാണ് അതുവരെ ഇത് വശമാവില്ല അസ്ഥി നാസ്ത്യസ്ഥി ഭംഗിയായി സാധാരണന്മാർ അജ്ഞാനം കൊണ്ടും അതിമറന്ന് വിഷയമൃഗനിഷ്ണയിൽപ്പെട്ട് സത്യമറിയുന്നില്ല അവർ വിഷയം സത്യമായി ഭ്രമിക്കുന്നു ശരീരം സത്യമാണ് ിയങ്ങൾ സത്യമാണ് ബുദ്ധി സത്യമാണ് വിഷയലോകങ്ങളെല്ലാം സത്യമാണ് ഇങ്ങനെ ഭ്രമിങ്ങിയാണ് എന്നാൽ ഇവയിൽ നിന്നെല്ലാം പ്രാണൻ വേറിട്ട് അറിവുള്ള ഒരാത്മാവ് കർത്താവ് ഭോക്തൃതാവ് കാര്യയിതാവ് എന്ന നിലയിലുണ്ട് എന്ന് വേറെ ചിലർ പറയുന്നു അതുമാനമാണ് ഇല്ല എന്ന് മറ്റു ചിലർ പറയുന്നു അപ്പോൾ ക്ഷണികമായ വിജ്ഞാനത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നതെന്ന് വേറെയും ചിലർ പറയുന്നു അസ്ഥി നാസ്തീതി ഉണ്ട് ഇല്ല എന്ന് രണ്ട് ലക്ഷണത്തിനും വിലക്ഷണമായ ജ്ഞാനവും ശൂന്യവും രണ്ടും ചേർന്ന് അർത്ഥ ജാതീയ അവസ്ഥയാണ് ആത്മാവ് എന്ന് വേറെയും ചിലർ പറയുന്നു അങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട് അതൊക്കെ പഠിക്കാൻ പോയാൽ ബുദ്ധി അതിനൊക്കെ നിന്ന് തരുന്നവർ പഠിക്കണം ഇല്ലെങ്കിൽ അതൊക്കെ മതിയാവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ഊളം പറയ കിടക്കാൻ നല്ല നിലയിൽ ബുദ്ധി നിൽക്കുമെങ്കിലേ അതൊക്കെ പഠിച്ചിട്ട് തള്ളിക്കളയേണ്ടതുള്ളൂ അതൊക്കെ അതുപോലുള്ളവർ പഠിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് എളുപ്പം എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിയണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ഭ്രമിച്ചു ആരെങ്കിലും വന്നിരുന്ന അരമണിക്കൂർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലുള്ള സത്യത്തെക്കാളേറെ അതാണെന്ന് തോന്നുമാറൊരു മസാലദോശ തന്നാൽ അത് ശരിയാണെന്ന് തോന്നിക്കും മനസ്സിലായില്ലേ ഇതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മസാലദോഷ മേടിച്ച് തന്നാൽ ആ മസാലദോശയിൽ പ്രിയമുണ്ടായാൽ ഇത് സത്യമാണെന്ന് ഇതാണ് ഇന്ന് കാണുന്ന അഭിപ്രായ ഭേദങ്ങളുടെയും അഭിപ്രായ ഐക്യങ്ങളുടെയും ലോകം ഈ മതങ്ങളൊക്കെ തൽക്കാലം നിലനിൽക്കുന്നത് ഒരു മസാലദോശയ്ക്കകത്താണ് എല്ലാ മതങ്ങളും എല്ലാ സംഘടനകളും മസാലദോശയുടെ വലിപ്പനുസരിച്ച് നിങ്ങൾ ടിപ്പ് കൊടുത്ത് കൂടെ പോകുന്നു മാത്രമേ ഉള്ളൂ ഇറ്റ്സ് നോട്ട് ശരിയല്ല ഇന്ന് ലോകത്ത് കാണുന്ന പല ഗുരുപരമ്പരകളും പോലും സാമ്പ്രദായികമല്ല സത്യ അറിയിക്കില്ല പിന്നെ ഇതൊക്കെ നിലനിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മസാല ദോശയല്ല മസാലദോശ നിർത്തിയാൽ വഴകായി വക്കാണമായി എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല അവിടെ മസാല ദോശ ഒന്ന് കാണുന്നതും മിണ്ടുന്നതും ആണ് ഞാനായിരുന്നു എല്ലാം ഇപ്പോ വേറൊരുത്തൻ വന്നു വേറൊരുത്തി വന്നു ഞാനിപ്പോ വേണ്ടതായി അതാണ് മസാലദോശ മനസ്സിലായില്ല എന്തെടുത്താലും എന്റെ കയ്യിലാ തന്നിരുന്നത് ഞാനാ എല്ലാ കണക്കും സൂക്ഷിച്ചിരുന്നത് അതാണ് മസാലദോശ ഇങ്ങനെ അങ്ങോട്ട് എന്തുവേതുമാകാം ഈ നിസ്സാരമായ മസാലദോശം സത്യമകലേരി സാമ്പ്രദായികമായ തദ്ധ്യയിൽ ഈ പ്രലോഭനങ്ങളൊന്നുമില്ല അഗൈതവമായ ശാന്തിക്കുതകുമാർ വിഷയത്തെ വിഷയമായറിഞ്ഞ് നിലകൊള്ളുന്നു അതിതൊന്നുമല്ല അതുകൊണ്ട് ഇല്ല ഇല്ല എന്ന സർവം ശൂന്യം എന്ന് പറയുന്ന ബൗദ്ധന്മാരുമുണ്ട് ഇതിലെന്തും വാദിച്ച് അവർക്കകത്തും പുറത്തും വിചാരഭൂമികയിൽ ഇറങ്ങിക്കൊണ്ടുവരാം ഇതിനൊക്കെ കാരണം ആത്മാനുഭവത്തിന്റെ കുറവാണ് ഈ വാദകോലാഹലങ്ങൾക്കെല്ലാം കാരണം വേദാന്തപ്രമാണജന്യമായ വൃത്തിജ്ഞാനം കൊണ്ടേ അറിയൂ അത് സാമ്പ്രദായികവും എന്ന് ഗുരുദേവൻ ഉറപ്പുണ്ട് മറ്റെല്ലാം അനുഭവവേദ്യമല്ലാത്ത തർക്കവിതർക്കങ്ങളാകയാൽ അസാമ്പ്രദായികമാണ് അവിടെ അദ്വൈതാത്മാവസ്ഥ കിട്ടില്ല അതുകൊണ്ട് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളിൽ എല്ലാം വിടും അദ്വൈതാനുഭവം ഒഴിച്ച് ആത്മാവിൽ നിന്നന്യമായ സമസ്തവാദകോലാഹലങ്ങളും അതാണ് അതിന് വേദാന്ത പ്രമാണമായ വൃത്തിജ്ഞാനം സമ്പാദിക്കണം അതാണ് ഈ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞത് നേരത്തെ ഇപ്പൊ പഠിപ്പിച്ചതല്ല വൃത്തിസ്ഥമാമറിവിൽ എത്രാമത്തെ ശ്ലോകമാണ് നാലാമത്തത് നേരത്തെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ പഠിപ്പിച്ചു എന്ന് ഓർത്താൽ മതി വൃത്തിജ്ഞാനം സമ്പാദിക്കണം ഇതറിയാൻ അത്ര എളുപ്പമല്ല ഇതിലധികാരി ഭേദവുമുണ്ട് സമാനപ്രസവാത്മിക എന്ന നിലയിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്ന ഈ വിശ്വത്തിന്റെ മത്സര കോലാഹലങ്ങളെല്ലാം അസ്തമിക്കുന്നതാണ് ആ വ്യക്തിസ്ഥമായ അറിവ് ഇതറിയാൻ പ്രയാസം വരുന്നത് ഇത് സമാനപ്രസവാത്മികയാണ് ഒരു ഇന്ദ്രിയം അതിന്റെ ഗുണത്തെ അറിഞ്ഞു ഗുണത്തോട് ചേരും ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുമെന്ന് തോന്നുന്നു ഗുണാഗുണേഷു ഒരേ ധൂവൽ പക്ഷികള് ഒരുമിച്ചു പറ അപ്പൊ അതുകൊണ്ട് സമാനപ്രസവാത്മിക എന്ന നിലയിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്ന ഈ വിശ്വത്തിന്റെ എല്ലാ മത്സര കോലാഹലങ്ങളും അസ്തമിക്കണം കുറച്ച് പണിയാണ് അത് അസ്തമിച്ചാൽ കാണാം അതിന് വേദാന്ത ശ്രവണം അനിവാര്യമാണ് അങ്ങനെ വരുമ്പോൾ കള്ളവും ചതിയുമൊക്കെ അസ്ഥാനതാണ് ആരും ആരെയും കളിപ്പിക്കുന്നുമില്ല ആരും ആരെയും ചതിക്കുന്നുല്ല എന്നൊക്കെയുള്ള അവസ്ഥയിലെത്തി അതിന് ശ്രദ്ധ ശ്രവണ മനന നിധിധ്യാസനം എന്നതെല്ലാമാണ് വഴി അത് ഒന്നും സമ്പാദിച്ചാൽ ഇത് കിട്ടില്ല ബാക്കിയേക പൂർവജന്മകൃതമാണ് പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ സമ്പാദ്യമായിരിക്കുന്നിടത്തോളം കാലം ചുമ്മാ സഞ്ചരിച്ചാൽ മതി എഴുതിവെച്ചതെല്ലാം പുറകെ എവിടെ പോയിരുന്നാലും മലയാള ദേശത്തുനിന്ന് കിട്ടാനൊരെണ്ണം ഉണ്ട് ഹിമാലയത്തിന്റെ ഉച്ചിയിൽ കയറി ഇരിക്കുകയാണ് വേറെ ഒരു സ്വാമിയുടെ കൂടെ ആ സാധനവും ചുമന്ന് യാത്രയായി വന്ന് ഉച്ചിയിലിരിക്കുന്ന നിങ്ങളുടെ കാൽക്കൽ വെച്ച് സന്തുഷ്ടമായി തിരിച്ചു പോകുമ്പോൾ ഈ കൂടെ വന്ന സ്വാമിക്ക് അത്രയും ദക്ഷിണ കിട്ടാത്തതിൽ ദേഷ്യം വരും ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ച് കാപ്പിയും പലഹാരവും വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് തന്നപ്പോ ആ വണ്ടിക്കൂലി മാത്രം കെട്ടുകണക്കിന് ദക്ഷണ ഉച്ചിയിലിരിക്കുന്ന അവന് പോണ്ടാവും തൃശ്ശൂരിക്കാരൻ മത്തായി മാപ്പിള പറഞ്ഞ മത്തായി മാപ്പിള രാവിലെ നേരെ പോയി ബിവറേജസ് കോർപ്പറേഷനിൽ അല്പം പൂശി വരുമ്പോ ഒരുത്തൻ പാമ്പിനെയും കുത്തിപ്പിടിച്ചു നില്ക്കും മത്തായ്മപ്പിളയ്ക്കുണ്ടായ രോഷത്തിന് കണക്കില്ല നീ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചു നിന്നു അവിടെ ആ കാട്ടിലൊരുത്തൻ കുമ്പക്കാലിലിരിപ്പുണ്ട് കക്കൂസിലിരിക്കുന്ന പോലെ ആളുകൾ അവന്റെ അടുക്കലാ എല്ലാം വെക്കുന്നത് നീ എത്ര കാലായി നിപ്പ് ഇവിടെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് ചുമന്ന് ഇവനെയും കൊണ്ട് ഹിമാലയത്തിന്റെ ഉച്ചി വരെ പോയിട്ടും പത്ത് പൈസ ഇവൻ തരണം കൊണ്ടുവന്നതൊക്കെ അവിടെ ഇറക്കി വെച്ച് അദ്ദേഹത്തെ നമസ്കരിച്ച് അവിടുന്ന് പോരാൻ മനസ്സില്ലാതെ നിൽക്കുമ്പോ സമയം പോയി എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് വിളിച്ചുകൊണ്ട് പോരുമ്പോ അറിയണം കൊടുത്തതൊക്കെ കിട്ടും ഒന്നിനും ഒഴറി ഓടണ്ട എല്ലാം കൊടുത്തിട്ടുണ്ടോ ശാന്തമായി കിട്ടും അതുകൊണ്ട് ചിലര് മേടിക്കാൻ ഓടില്ല ചുമ്മാ പോവുള്ളൂ വെറുതെ നിശബ്ദം വെറും കയ്യോടെ നടക്കുകയുള്ളു മനസ്സിലാവുക ഈ ഭാഷ മനസ്സിലാവുക ഏ ഈ ഭാഷ പിടിയിട്ടുവോ ഏ അതുകൊണ്ട് ലോകത്താകെ ഇത്രേ ഉള്ളൂ പിന്നെ ഇതറിയാൻ അതിന് ഈ ലോകത്തിൽ ഒരു സാധനവും വേണ്ട ശ്രദ്ധ ശ്രദ്ധ സത്യം ധീയത സത്യമോ കാലത്രയേ വിധിഷ്ടീതി സത് सत्यारणा सद्धा शास्त्र गुरवाक्य सत्यबुद्ध्याधारणा सा सद्धा अवण श्रवण वे അദൃഷ്ടപ്രതിബന്ധനാശകം ശ്രവണം വിവരണകാരൻ പറയും അദ്വൈത സന്യാസിമാർക്ക് ഏറ്റവും ഇഷ്ടം വിവരണകാരന്റെ ഈ വാദമാണ് വാമധീകാരൻ ഇതിനോട് അത്ര യോജിക്കുന്നു എന്ന് പറയാനാവില്ല മനനനിധിധ്യാസനങ്ങളാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗൃഹസ്ഥ പണ്ഡിതന്മാർക്ക് അത് കൂടുതൽ ഇഷ്ടവുമാണ് രണ്ടും കുഴപ്പമില്ല സാമ്പ്രദായിക തഥയുടെ രണ്ടു ഭാവങ്ങളെന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് ശ്രദ്ധയും ശ്രവണവും സാധിക്കണമെങ്കിൽ ത്യാഗം വേണം ശ്രവണം ഫലിക്കണമെങ്കിൽ അനിത്യവും അസുഖവുമായതിനെ ത്യജിക്കണം ഉപേക്ഷിച്ചാൽ നിത്യാനിത്യ ബോധമുണ്ടാവും ഏതെല്ലാം സ്വീകരിച്ചാൽ നിത്യാനിത്യ വസ്തു ബോധം മറയും ഇതറിയണം അതുകൊണ്ട് പറയും अभयं अभय प्रतिष्ठांंदमाष ब्रह्मलोकमय पापों मरणवी वि अभव अत्म विस्मृति दुखं कामं, क्रोधं, लोभं ഇതൊക്കെയാണ് അതിന്റെ ഫലം ഭഗവത്ഗീത പറയുന്നത് ത്രിവിധം ത്രിവിധം നരകസ്യേതം മൂന്നാണ് നരകത്തിന്റെ വാദൻ അതെവിടെയാണെന്നാ പറഞ്ഞേ എവിടെയാണെന്നാ പറഞ്ഞേ ഇവിടെ നരകം വരെ അങ്ങേ അക്കത്ത് കിടക്കുകയാണ് എത്ര വിസ്തൃതമാ നരകം നോക്കണം അതിന്റെ വാതിൽ ഇവിടെയാണ് കോമ്പൗണ്ടിന്റെ ഗേറ്റ് ഇവിടെയാണ് കയറിപ്പോ വളരെ എളുപ്പമാണ് കാമം ഉണ്ടായാൽ മതി ക്രോധം ഉണ്ടായാൽ മതി ലോഭം ഉണ്ടായാൽ വേണ്ട നരകത്തിലേക്ക് പോണോ ഇപ്പത്തന്നെ ലൈസൻസ് അതിനുള്ള വഴി എന്താ അല്പം കാമിച്ചാ മതി ഒരാഗ്രഹം വന്നാ മതി നരകം തുറന്നു ആഗ്രഹം പോയി നരകം അടഞ്ഞു ക്രോധം വന്നു നരകം തുറന്നു ക്രോധമില്ല നരകമടഞ്ഞു ഇതിന് രണ്ടിനേക്കാളും മാറ്റിയാൽ മാറില്ലാത്ത സാധനം ലോഭമാണ് നമ്മുടെ കയ്യിലുള്ളൊരു സാധനം അന്യന് കൊടുക്കാതിരിക്കുന്നതിന് പിശുക്കെന്ന് പറയും അന്യന്റെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കുന്നതിനാണ് ഈ ലോഭമെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നാൽ പണി വലുതായി അതുകൊണ്ട് നരകവാതിൽ തുറക്കാൻ വലിയ നേരമൊന്നും വേണ്ട ീധിഷുവിനാപരഥം ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ നിത്യവ്യവഹാരവീഥികൾ അധർമ്മത്തിന്റെ കാളിമയില്ലാതാവും മറ്റത് അധർമ്മത്തിന്റെ കാളിമയുള്ളതാണ് അതിനെ ജനാധിപത്യമെന്ന് പറയും എന്ന് വിചാരിച്ചത് തട്ടിക്കളയാൻ പോകേണ്ട അതുള്ളതുകൊണ്ടാണ് നമുക്ക് എളുപ്പം കാരണം ഇതരാജകത്വവും അധർമ്മവുമാണെന്ന് തിരിച്ചറിഞ്ഞ് നാമം അതല്ലെന്ന് വന്നാൽ അവന്മാര് തിരിഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്താൻ വരും ഇപ്പൊ നമ്മളെ കൊണ്ട് ശല്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നിടത്തോളം കുഴപ്പമില്ല ഉറക്ക ജവിക്കാതിരുന്നാൽ മതി ആളുകൂട്ടി ജപിക്കാതിരുന്നാൽ മതി ഘോഷയാത്രയായി ജവിക്കാതിരുന്നാമതി മനസ്സിലായല്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ അന്വേഷിക്കും എന്താ ഒരാൾക്കൂട്ടം നമ്മളെ അങ്ങനെ തട്ടിക്കളയാനാണോ മാത്രമല്ല ആളുകൂടി ജപിച്ചാൽ നേതാവ് അന്വേഷിച്ചു വരും കാരണം ആൾക്കൂട്ടത്തിൽ നിന്ന് പത്ത് വോട്ട് കിട്ടുമോ എന്നറിയാൻ അതുകൊണ്ട് വല്ല ലൗകിക നേട്ടവും വേണ്ടി വരുമ്പോഴേ ആളും കൂടി ജപിക്കാവൂ മൈക്ക് വെച്ച് ജപിക്കാവും വല്ലതും പത്ത് പൈസ പിരിക്കണം തോന്നുമ്പോഴോ ഗ്രാന്റ് കിട്ടണം എന്ന് തോന്നുമ്പോഴോ നമ്മുടെ ആശ്രമത്തിൽ ഒരു രണ്ടാം നില പണിയണം എന്ന് തോന്നുമ്പോഴോ ഒരായിരം പേരെ കൂട്ടി ഒരു ജപവും ഒരു ഘോഷയാത്രയും നടത്തിക്കഴിഞ്ഞാൽ നേതാവും മോഡി നീങ്ങി വരും എന്തൊക്കെയാ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കും വോട്ടിന്റെ എണ്ണ അനുസരിച്ച് അതോടുകൂടി ഭക്തി പോകും ഇതൊക്കെ പിടിക്കുമോന്നറിയില്ല ശരിയുണ്ടോ ഏ ശരില്ല പിന്നെ നേതാവും നമ്മളും കൂടെ അങ്ങ് ചേരും പിന്നുള്ള വിക്രിയകൾ വല്ലത് വിക്രിയകളാണ് അതുകൊണ്ട് തന്നെ ഇരുന്ന് ചോദിച്ചാലൊന്നും ഒരു ശല്യമില്ല ആരും അധികം പേര് കൂടെ കാരണം ഇതൊരു ഏകാന്ത യാത്രയാണ് ഈ വഴിക്ക് ഇത് അന്വേഷിച്ചു വരുന്നവന് പങ്കുവെക്കാം അല്ലതൊക്കെ പണിവേറെയാവും അതുകൊണ്ട് ന്യായത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് ഇതാണ് അതിന്റെ വഴി അങ്ങനെ നിന്നാൽ സകലതും വേറെ വേറെയെന്ന് നിൽപ്പതെല്ലാം ഏകമായ സത്യമാണ് മൃത്തിന്റെ വികാരമാണ് ടം അല്ലാതെ മൃത്തുവേറിട്ടില്ല എന്ന് ബോധ്യമാവും അതുകൊണ്ട് ആ സത്യം ബോധ്യമാവുമ്പോൾ വളരെ എളുപ്പമാണ് അതുകൊണ്ടറിയേണ്ടത് വേറെ വേറെയായി കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങൾക്കും േലെയാണ് സത്യം വേർപെട്ട് വേർപ്പെട്ട് കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും മാഞ്ഞു മറഞ്ഞു പോകുന്ന അനിത്യദർശനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവസത്യങ്ങളുമാണ് മൺപാത്രങ്ങളിൽ കാണുന്ന രൂപഭേദങ്ങളെല്ലാം മണ്ണിന്റെ വികാരമാണ് വികാരത്തിന് ഭിന്നമായി വസ്തുസത്തയില്ല ആ വികാരങ്ങളിലൊക്കെ നിലവിലുള്ളത് ഒരേ വസ്തു മണ്ണ് അതുമാത്രമാണ് ശ്ലോകം കഴിയും അടുത്തത് എട്ട് സമയം എന്തായി സമയം പന്ത്രണ്ട് മുക്കലായി എന്നാലും നമുക്കടുത്ത സ്ലോകം തുടങ്ങി വയ്ക്കാം ഒരു മണിക്ക് എത്തിയാൽ മതി പോരെ വൈശ്വാരൻ കോപിച്ച് തുടങ്ങിയില്ലല്ലോ അജ്ഞാനവേളയിലുമസ്വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നുമുന്നും രജുസ്വരൂപമഹിമോ മഹിയോടുതന്തയയർന്ന് നിൽക്കുന്നിരിന്നിഹ നിദർശനമാമിതോർത്തൽ അജ്ഞാനവേളയിലുമസ്തി വിഭാതി രണ്ടും ജ്ഞാതമല്ല സുഖവും വിലസുന്നുമൊന്നും രജ്ജുസ്വരൂപമഹിയോടുമിതയർന്ന് നിൽക്കുന്നിതി നിഹ നിദർശനമാമിതോർത്താൽ അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാനവേള അറിവിന്റെ അപൂർണത പൂർണ്ണമായ അറിവ് പ്രകാശിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം പ്രകാശിക്കും പ്രപഞ്ചം പോയാൽ പൂർണ്ണമായ അറിവ് പ്രകാശിക്കും അജ്ഞാനവേളയിൽ അസ്ഥിയുണ്ട് വിഭാതി ഉണ്ട് എന്നുള്ള അറിവ് അഥവാ അനുഭവം ഇത് രണ്ടും അജ്ഞാതമല്ല അറിയപ്പെടാതിരിക്കുന്നില്ല അനുഭവവിഷയകമാകുന്നു വിലസുന്നു രജ്ജുസ്വരൂപം കയറിന്റെ രൂപം ആഹി പാമ്പ് ഇതന്ത ഇത് എന്ന ബോധം നിദർശനം ദൃഷ്ടാന്തം സത്യത്തെ അറിയാതെ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യദർശനമില്ലാതെ ഈ പാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ നിരന്തരമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മയുടെ ഘട്ടങ്ങളിൽ അറിവില്ലായ്മ മാത്രമാണ് പ്രശ്നം ഉണ്ടെന്നുള്ളത് ആ അനുഭവം അതായത് സത്ത് ചിത്ത് ഈ രണ്ടെണ്ണം അത് രണ്ടും അറിയപ്പെടും ഉണ്ടെന്നും അതേപോലെ തന്നെ അത് സത്യമാണെന്നും അത് ജ്ഞാനമാണെന്നുമുള്ള രണ്ടനുഭവവും അറിയും അറിയപ്പെടാതിരിക്കില്ല അതിനോടൊപ്പം സുഖമുണ്ടാവും പ്രപഞ്ചത്തിലെ ഏതറിവും അതിൻ്റെ അകത്ത് അൽപ്പമാത്രമായിരിക്കുന്ന ആത്മയാഥാർത്ഥ്യം കൊണ്ട് ഇല്ലാത്തത് പറയാവുന്ന ാധിച്ചു പോകുന്ന അറിവിൽ ബാധിച്ചു പോകുന്ന ആ പ്രാപഞ്ചികമായ വിഷയത്തിന് ഉണ്മയെ നൽകുന്ന പോലെ അത് ഒരറിവായിത്തീരുന്നത് പോലെ ആനന്ദാംശമായ സുഖവുമുണ്ടാവും ആനന്ദമയ കോശത്തിൻ്റെ ഭോഗവൃത്തിയിൽ സുഖത്തെ ഇങ്ങനെ മൂന്നും അപ്പോ സത്തു ചിത്ത സുഖവും ചേർന്ന് നിരന്തരമായി ഈ പ്രപഞ്ചം പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനുഭവമാകുന്നുണ്ട് കയറിൽ മറവന്ന് കയറ് കാണാതെ പാമ്പ് എന്നനുഭവിക്കുന്നിടത്ത് കയറിന്റെ രൂപത്തോടൊരുമിച്ച് തന്നെയാണ് പാമ്പിനെ അറിയുന്നത് ആ രൂപം ചേരാതെ പാമ്പില്ല ഇതന്ത ഇത് എന്ന പദം കൊണ്ട് അവിടെ കയറിനെയാണ് കുറിക്കുന്നത് ഇത് അവിടെ ഉള്ളത് കയറ് മാത്രമാണ് അപ്പൊ എന്ന അറിവ് കയറാണ് അത് മറഞ്ഞ് പാമ്പ് എന്ന അറിവ് അതിലധ്യസിക്കുകയാണ് ഇത് എന്ന ശബ്ദം കയറിനും പാമ്പിനും തുല്യമാണ് അതുകൊണ്ട് സച്ചിദാനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൽ ബോധത്തിൽ പ്രപഞ്ചത്തെ ദർശിക്കുന്നതിന് ഇത് സർപ്പമാണ് എന്നിങ്ങനെ കയറിലുള്ള സർപ്പദർശനം ഉദാഹരണമായി എടുക്കാം അതാണ് ഉദാഹരണമായി ഇവിടെ എടുക്കുന്നത് അസ്ഥി ഭാവി പ്രിയരൂപത്തിൽ ഇതം മുതൽ അഹം വരെ ഒരു ക്ഷണനേരം ഗുരുദേവൻ ഒരു തേനീച്ചയുള്ള ചിറക് ചലിക്കുമ്പോൾ ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ട് അതിൻ്റെ ആയിരത്തിലൊരംശം സമയം കൊണ്ടാണ് ഇതം മുതൽ അഹം വരെയുള്ള ഈ പരിണാമം സംഭവിക്കുന്നത് അതുകൊണ്ട് പിടിച്ചാൽ കിട്ടില്ല ചിന്തിക്കാനൊന്നും നേരം കിട്ടില്ല പൂർവാനുഭവങ്ങൾ ഓടിവന്ന് പെട്ടെന്ന് പണി കഴിഞ്ഞു ഭർത്താവും ഭാര്യയും കൂടെ മോളിൽ ടെറസിൽ കസേരയൊക്കെ ഇട്ട് നക്ഷത്രവും എണ്ണി നിലാവും കണ്ട് ആസ്വദിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വഴിയേ പോകുന്ന ഒരുത്തനെ നോക്കി അത് ഇതം ആരംഭിച്ച് അവന്റെ കള്ളുകൂടി സംസാരവിഷയമായാൽ അവളുടെ തന്തകിയിലപ്പോൾ പറയും ഇയാളിരുന്ന് തന്തക്കി പറയുന്നത് കേൾക്കുന്ന മാത്രയിൽ അവൾക്ക് തന്റെ അച്ഛനെയാണ് പറഞ്ഞതെന്ന് തോന്നിയാൽ സ്പോടാസ് പട്ടി എന്ന് ചിലപ്പോൾ പറയും മനസ്സിലായില്ലേ പറയില്ല അവള് സ്പോടാസ് പട്ടി എന്ന് ഉപയോഗിക്കുമ്പോഴേക്ക് ഇവന്റെ കൈ കൗളന്ന് വീഴുകയും ചെയ്യും താഴെ ഇവന്റെ തലയിൽ വന്നുകൊടു നാട്ടുകാർ രണ്ടിനെ എടുത്ത് ചിലപ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ പോയ ഇവർക്കോ പോയതിനെ പിന്നെ അപഗ്രഹിക്കുന്ന അവരുടെ പെരന്താ ഇതുബാലയ്ക്കോ കാര്യം മനസ്സിലാവുമ്പോ ശരിയല്ല അവര് വേറൊന്ന് അപഗ്രഹിക്കും അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ മറ്റൊന്ന് പറയും ജ്യോതിഷിയോട് പോയി ചോദിച്ചാൽ പെൺ അസുരഗണവും ചെറുകൻ മനുഷ്യഗണവും മനുഷ്യാസുരരണവുമാവും അജ്ഞാനമാണിതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ ഈ മക്ഷികയുടെ ചിറകു ചലിക്കുന്ന വേഗതയിൽ ചലിക്കുന്ന ആവരണവിക്ഷേപങ്ങളുടെ അന്തസ്ഥായിയായ ഭാവഭേദങ്ങൾ അറിയണം അതറിഞ്ഞാൽ അവൾ പോടാസ് പട്ടി എന്ന് വിളിക്കുമ്പോ ഇവനൊരു ചിരി വരും ചിരിക്കുന്നോടാന്ന് ചോദിച്ചു ചിലപ്പോ കയറി കുത്തിനുപിടി മനസ്സിലായില്ല തമാശയായി ചോദിക്കും പിന്നെ ഞാൻ കരയണോ അപ്പൊ പിടിയായേയും അയഞ്ഞ കൈകൊണ്ട് അവള് നെഞ്ചത്ത് നാലടിക്കും മനസ്സിലായില്ല ഇവന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒരു വികാരവും ഇല്ലെങ്കിൽ എന്റെ നെഞ്ചിനടിച്ചാൽ ഇവന് വികാരമുണ്ടോന്നു പരീക്ഷിക്കും അല്ലേ അറ്റ കൈ പ്രയോഗൂടെ കുസൃതി ഉണ്ടായാൽ അവനൊരു തലേണ എടുത്തു വെച്ചിട്ട് കൊടുത്തിട്ട് പറയും ഇതിലിടിച്ചോളാൻ ിൽ ഒരാഴ്ച കഴിയുമ്പം ഞാൻ കൊണ്ടുപോകണ ആശുപത്രിയിൽ നെഞ്ചുവേദനയ്ക്ക് അതുകൊണ്ടാണ് മരുന്നു ഒഴിവാക്കാവല്ലോ പെട്രോളിന് എഴുപതായി രൂപ അതൊഴിവാക്കാവല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് അത്ര നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നൊരു കുസൃതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളും ചിരിക്കും മനസ്സിലായില്ല ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഇവളെ ചുമന്നിട്ടും ഇവനെ ചുമന്നിട്ടും കാര്യമില്ലെന്നറിയും ഇതൊക്കെ അറിയാതിരുന്നാൽ ചുമന്നിട്ട് കാര്യമില്ല എന്ന് മറ്റുള്ളവരറി പിടിയിട്ട് അറിയില്ല ആസൂത്രം പിടിയിട്ടില്ല ഏ മറ്റ അവനവനറിയും ഈ ചുമട് കാര്യൊന്നുമില്ല എന്ന് ബോധ്യമാവും ഇത് പഠിച്ചാൽ പിന്നെ ചുമക്കേണ്ടി വരില്ല മറ്റത് നാട്ടുകാരറിയും ആ സംഭവം നടക്കുമ്പോൾ മാത്രം അത് കഴിഞ്ഞ് അവരും ചുമക്കും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുമായിരിക്കും ഈ ചുമടൊന്നും വേണ്ട ഒടുവിൽ അവരൊരു സൂത്രം പറയും അച്ഛന്റെ അമ്മയുടെയും നിർബന്ധത്തിന് ചുമക്കുക ശരിയല്ല എങ്ങനെ വന്നാലും ഇതൊക്കെയാണ് ലോകം അപ്പൊ ഈ ലോകം ഇതംവൃത്തി മുതൽ അഹംവൃത്തി വരെയുള്ള പരിണാമമാണ് എങ്ങനെയാ ഇത് മൈക്ക് നിങ്ങൾ പഠിച്ച ഊർജ്ജതന്ത്ര അനുസരിച്ച് ആ പ്രകാശ ഇതേ വീണ് ആ പതനരശ്മിയും പ്രതിപതനരശ്മിയും കണ്ണിൽ പതിച്ച് കണ്ണിന്റെ പുറകിൽ റെറ്റിനയിൽ വീണ് ഇതിന്റെ തലകീഴായൊരു പ്രതിബിബം റെറ്റിനയിൽ ഉണ്ടാക്കി ആ പ്രതിബിംബത്തെ റോഡ്സും കോൺസും കൂടി സ്വീകരിച്ച് സാമ്പന്ധക പ്രാന്തത്തിലെത്തിച്ച് ഇറ്റ് റൈറ്റ് സെറിബ്രൽ കോർട്ടക്സ് പഠിച്ചോക്കെ മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ ആണോ ഇങ്ങനെയൊക്കെയാണോ പഠി അപ്പോഴിതിന്റെ അറിവുണ്ടാവും ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് ഇതല്ല ശരിയായല്ലോ ശരിയായ അറിവിതെന്ത് എന്ന് ചോദിക്കും കാണുമ്പോഴേ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരിക്കാം ഇതെന്താ ഇതെന്താ കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ദേഷ്യം വരും പിടിച്ചൊരു കുത്തു വെച്ചോളൂ കാരണം മാന്യന്മാരൊക്കെ നിക്കുമ്പോ ഇതെന്താന്ന് ചോദിക്കുക ചിലത് ചോദിക്കരുതാത്തത് ചൂണ്ടിട്ടാണ് ചോദിക്കുന്നത് ഇതെന്തോ അങ്ങനെ വരുമ്പോ ഒരു നിവൃത്തി ഉണ്ടാവില്ല നുള്ളും അടിയും കൊണ്ടുപോവാതിരിക്കും അങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടി മനസ്സിലാക്കും ചോദിക്കരുതെന്ന് മനസ്സിലാക്കും ആ ജിജ്ഞാസയിലുളവായ ഇതെന്ത് എന്നതിലെ ഇത് ആ ഇതാണ് വിഷയാകാരമായി വികസിക്കുന്നത് ഇതെന്ത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഉത്തരം കിട്ടാനല്ല അച്ഛനോട് ചോദിച്ചാൽ ഇതെന്തെന്ന് തന്റെ പൂർവാനുമതിയിൽ നിന്ന് കുട്ടി തപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് പാരമ്പര്യത്തിൽ പരിചയസമ്പന്നനായ അച്ഛൻ ഇത് കാക്ക എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ജനിതകാംശത്തിൽ കിടക്കുന്ന കാക്കയുടെ രൂപമുണർന്നു വന്ന് അതിനെ ശാബ്ദികമായ തലത്തില് അവതരിപ്പിച്ച് ബ്രെയിനിൽ സൂക്ഷിക്കുമ്പോൾ ഇതിനാൽ ഞാൻ സുഖി ഇതിനാൽ ഞാൻ ദുഃഖി എന്നൊരർത്ഥം കാണും ആ കാക്ക എന്ന ശബ്ദം പണ്ട് തലയിൽ മാന്തിയതോർമ്മ വന്നാൽ കുഞ്ഞ് കരയും ഉറക്ക കരയും ഇനി കരച്ചിൽ നിർത്തണമെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് കാക്കയെ ഓടിക്കണം ബോധം അതുമായി താതാത്മ്യം പ്രാപിച്ചു കാക്ക കൗതുകമുണർത്തിയതിന്റെ ഓർമ്മയാണ് വരുന്നതെങ്കിൽ കാക്ക പറന്നുപോയാൽ കരയും പിന്നെ കാക്ക ഉള്ളിടത്ത് കൊണ്ടുപോയി കാണിക്കട്ടേ സമാനിക്കണം അപ്പോൾ ഇതം എന്ന വൃത്തി അതില് ചിത്തവൃത്തി സ്മരണ അതില് വിഷയാകാര മനോവൃത്തി അതില് അഹംവൃത്തി ഇതിനാൽ ഞാൻ സുഖി അല്ലെങ്കിൽ ദുഃഖി ഇതുവരെയുള്ള പരിണാമമാണ് ജഗത് അതിനെ ആസ്പദമാക്കിയ അസ്ഥിഭാതി പ്രിയം ഇതം മുതൽ അഹം വരെ വളരും അതിനൊരുദാഹരണമാണ് രജ്ജു സർപ്പം ഈ ചിത്തവൃത്തികൾ മൂഢം ഘോരം ശാന്തം എന്നിങ്ങനെ അനേക തലത്തിലുണ്ട് മൂന്ന് തലമാണ് മുഖ്യം മൂഢ ചിത്തവൃത്തി ഘോരചിത്തവൃത്തി ശാന്ത ചിത്തവൃത്തി മോഹവും ഭയവുമെല്ലാം ൂഢചിത്തവൃത്തിയ സ്വന്തം ചിത്തവൃത്തി നോക്കി മനസ്സിലാക്കിക്കോണം മൂഢചിത്തവൃത്തികൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ശ്രവണം ചെയ്താൽ പെട്ടെന്ന് പിടിയിട്ടില്ല മൂഢചിത്തവൃത്തികൾ ഏറ്റവും താഴ്ന്ന തലമാണ് അവിടെ ഏതെങ്കിലും ഒരു ആലംബനം ഉപയോഗിച്ച് നിരന്തരമായി ഈശ്വരാർപ്പണ ബുദ്ധിയ ഭജിക്കണം ഭയം വരുന്നുണ്ടോ മോഹങ്ങളുണ്ടാകുന്നുണ്ടോ എവിടെയെങ്കിലും ചെന്നാൽ ഉണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിലാണ് അത് മൂഢവൃത്തികളാണ് പ്രേമം തൃഷ്ണ രാഗം ലോഭം ഇവയൊക്കെയുണ്ടോ മമതയുണ്ടോ അവയൊക്കെ ഘോര ചിത്തവൃത്തികളാണ് പ്രേമം തൃഷ്ണ രാഗം ലോഭം മമത ഇവയൊക്കെ ഘോരചിത്തവൃത്തികളാണ് ഘോരചിത്തവൃത്തികൾ ഉണ്ടായാൽ എന്തിനേം തട്ടിത്തേറും എന്തിനോടെങ്കിലും പ്രേമം വന്നാൽ ബാക്കിയുള്ളതിനെ മുഴുവൻ അഴിച്ചു പൊളിക്കും ശരിയല്ല നിന്റെ അച്ഛനാ പറയുന്നത് എന്തച്ഛൻ ഇതാണോ അച്ഛൻ ഒരച്ഛൻ കിച്ചൻ എന്ന് പറയുമോ അതിന് കാരണം ഇതാണ് ഇത് ഘോരചിത്തവൃത്തിയാണ് അതുകൊണ്ട് ഘോര ചിത്തവൃത്തികൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വീണുപോയാൽ കരകേറിയല്ലാദ്യം നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ ചിത്തവൃത്തിയുടെ നിലയെന്താ അത് മൂഢമാണോ ഘോരമാണോ ശാന്തമാണോ എന്ന് നോക്കണം ചില ആളുകളെ നോക്കിയാൽ നല്ല കാരുണ്യമുള്ളവരായി കാണാം തനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുതു വന്നാലും നിസ്സംഗരായി നിൽക്കുന്ന ചിലരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കാരുണ്യമുള്ളവരും തന്റെ വ്യക്തിപരങ്ങളായ നേരെ വരുന്ന പ്രശ്നങ്ങളിൽ അതിനെ അഗണ്യ കോടിയിൽപ്പെടുത്തി നിസ്സംഗരായി കാണപ്പെടുന്നവരും നല്ല സഹനശക്തിയുള്ളവരായി കാണുന്നവരുമായി കാണാം ണ്ടോ അത്തരക്കാരെ നമുക്കില്ലെങ്കിൽ പോട്ടെ വേണ്ടതല്ല കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടാ മതി പുണ്യമാണ് നല്ല സഹിക്കാനുള്ള കഴിവ് എന്തു വന്നാലും സഹിക്കും ചിലർക്ക് ആ കഴിവ് വല്ല അതിശാന്ത ചിത്ത വൃത്തികളാണ് നിങ്ങളുടെ ഈ ചിത്തവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അധികാരികളുണ്ടാകുന്നു മൂഢവും ഘോരവുമായ ചിത്തവൃത്തികളിൽ ഉണ്മ്മയും ജ്ഞാനവും എല്ലാം യോജിച്ചിരിക്കും വിഷയമേത് ആത്മാവേത് എന്നൊന്നും അവിടെ അറിയില്ല അതിന്റെ ഭേദമൊന്നും തിരിച്ചറിയില്ല അവിടെ ആനന്ദാംശത്തെ പൂർണ്ണമായും മറയ്ക്കും പൂർണ്ണ സംഘർഷമാണ് അത്തരം കാര്യം മൂഢവും ഘോരവുമായ ചിത്തവൃത്തികളിൽ പെട്ടാൽ ആനന്ദാംശത്തെ പൂർണ്ണമായും അവിദ്യ മറയ്ക്കും അങ്ങനെ മറച്ചാൽ പിന്നെ പാടാം അതുകൊണ്ട് അതൊരുതരം തലമാണ് ശാന്തവൃത്തികളിൽ എല്ലാം വേറെ വേറെ ജ്ഞാനവും ആനന്ദവുമൊക്കെ അപഗ്രഥിച്ചു മനസ്സിലാക്കാനാണ് അവിടെയും ജ്ഞാനം കൈവന്നുവെന്ന് കരുതണ്ട ജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടുമാതമല്ല സുഖവും വിലസുന്നുമൊന്നും ചിത്തവൃത്തികളെ സൂക്ഷ്മാൽസൂക്ഷ്മതരമായ തലത്തിലറിയണം തിരിച്ചറിയണം അതിനാണ് ഉദാഹരണം കയറും പാമ്പും samayam samayam onna anjai du cheyidu va uth cheyini baaki gaana adhi